As-salamu alaykum wa rahmatullahi wa barakatuhu. أعوذ بي وديه الله اللظيم <أعلم> <أعلم> الذي ليس شيئون عظم منه وبكلمات الله التامات التي لا يداوزه النبر ولا فادر وبأسماء الله الوسنى التي ما علمت منها وما لم أعلم من شر ما خلقا وبراء وضراء بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد فاني اوصيكم واياي بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم മഹാന്മാരായ ഉസ്താദന്മാർ ഈ മഹത്തായ വേദിയിൽ ഇവിടെ സംബന്ധിച്ച പണ്ഡിത ശ്രേഷ്ഠാക്കൾ ബഹുമാനമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് സുന്നി ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ആചാരങ്ങൾ കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം അതാണ് ഇവിടുത്തെ സുന്നികളാവുന്ന നമ്മൾ ഇവിടെ കാണിച്ചുകൊടുക്കുന്നത് നമ്മളെ ആചാരങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇത് ഓരോന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ നിബിസുല വലിയ സിനിമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബിസ്ലി വസലമ തങ്ങളെ കാലഘട്ടത്തിൽ നടന്നു പോന്നിരുന്നതും അന്ന് നിബിയും സഹാബത്തുമൊക്കെ അവർ ചെയ്തതും അവരാചരിച്ചു പോന്നതുമായ ഓരോ ആചാരങ്ങളാണ് നമ്മളെ പോ എല്ലാ ആചാരങ്ങളെ പറ്റി നമ്മൾ പരിശോധിച്ചു നമ്മളിൽ നിന്നുള്ള ചിലർക്ക് തന്നെ പലപ്പോഴും സംശയമാണ് പല ആചാരങ്ങളെ സംബന്ധിച്ചും ഇങ്ങനത്തെ ഒരു ആചാരങ്ങൾ അത് പരിശുദ്ധമാവുന്നതിനൊരു ആചാരം ഉണ്ടോ ഇല്ലേന്ന് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുന്നികളാവുന്ന നമ്മൾ ചെയ്യണ ഈ സർവ്വ ആചാരങ്ങൾ ഇതൊക്കെ മഹത്വക്കളാവുന്നതായ മുങ്കഴിഞ്ഞ മഹാന്മാരാവുന്ന ഇമ്മത്ത് മശായഹ് അവരതിൻ്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും വളരെ വ്യക്തമായി പരിശോധിച്ചു അവർ അതിൻ്റെ രേഖകളൊക്കെ രേഖപ്പെടുത്തി സഹാബത്തിൻ്റെ കാലം മുതൽ തന്നെ എബിസാവലി വസല്മ തങ്ങളെ കാലഘട്ടത്തിലും സഹാപത്തിൻ്റെ കാലഘട്ടത്തിലും താപയും കാലഘട്ടത്തിലും നബിസുല്ലാളി വസ്ലമ തങ്ങൾ ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നൂറ്റാണ്ടുകളിലൊക്കെ ലോക മുസ്ലിങ്ങളിടയിൽ നടന്നു പോരുന്ന ആചാരങ്ങളാണ് ഇവിടെ സുന്നികളാവുന്ന നമ്മൾ ചെയ്യുന്ന സർവ ആചാരങ്ങളും അതിൽ യാതൊരു സംശയമില്ല മഹാനാവുന്ന ഷെഹുനാ ശംഷുലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നികളാവുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ ആചാരത്തിനും എല്ലാം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അവരെ ബുഖാരിയിൽ തന്നെ അതിനെല്ലാം അവർ ഹദീഫുകൾ അതിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ഹദീസിനെ സംബന്ധിച്ചും വളരെയധികം അതിൻ്റെ ആഴത്തില് അതിനെ സംബന്ധിച്ച് പഠിച്ചാൽ നമ്മളെ സർവ്വ ആചാരങ്ങൾക്കും അതിൽ രേഖകൾ കണ്ടുപിടിക്കാമെന്ന് അവർ പറയലുണ്ട് പറയലുണ്ട് മാത്രമല്ല ഓരോന്നിൻ്റെയും രേഖകൾ വളരെ വ്യക്തമായിട്ട് അവർ ഇവിടെ അവരെ ഈശ്വന്മാർക്കും മറ്റുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് അപ്പോൾ ഇവിടെ നമ്മളാചാരങ്ങളുള്ള നമ്മളെല്ലാ ആചാരങ്ങളും ഈ നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിലോ അൻപത് മിനിറ്റിൻ്റെ ഉള്ളിലോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം എങ്കിലും പറയണ ഒന്നോ രണ്ടോ മൂന്നോ ആചാരങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ രേഖകളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടിട്ട് പറയാനാണ് മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒറ്റവാക്ക് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെയാണ് മഹാന്മാർക്കുള്ള ആധാറുകളെ ബഹുമാനിക്കുക അതിനകത്ത ബറുക്ക് അതുകൊണ്ട് വറുക്കത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് അത് ദീനിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ അതാണ് ദീനിൻ്റെ അടിസ്ഥാനം ബഹുമാനത്തുമലും മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവരുപയോഗിച്ച സാധനങ്ങൾ ഇതിനൊക്കെ ബഹുമാനിക്കലാണ് ദീനിന്റെ അടിസ്ഥാനം മോസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ ഉപഭവത്വം കൊടുക്കാൻ വേണ്ടി അബ്വാഹു സുബ അനുഭവത്തായാലും മോസനബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ മതിയെന്ന് വരുമ്പോൾ ആ തൂറിസിനെ പിന്നെ പർവ്വതം സ്ഥിതി ചെയ്യണ ആ മരുഭൂമിയിൽ എത്തിയപ്പോൾ മിസ്രിലേക്കുള്ള വഴീനെ സംബന്ധിച്ച് അവർക്ക് പിരിച്ചറിഞ്ഞുകൂടാതെ അവർ അവിടെ കുറഞ്ഞ ബുദ്ധിമുട്ടായി അപ്പൊ അവര് പിന്നെ കുടുംബങ്ങൾ അവരുടെ കൂടെ കുടുംബത്തിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കും ഇന്നീ ആനസ് ഞാനൊരു പ്രകാശം അല്ലെങ്കിൽ ഒരു തീയ്യം അവിടുന്ന് കാണുന്നുണ്ട് കുറച്ച് ദൂരത്തുനിന്ന് അവിടെ പോയിട്ട് അല്ലി ആതിക്കും മിൻഹാബി കബസ് അവിടുന്ന് ഒരു വെളിച്ചം ഞാൻ വാങ്ങി അതല്ലെങ്കിൽ ഔ അജിതു അലൻ നാരി അവിടെ പോയി നോക്കിയാലോ വൈ ശരിക്കും നിർദ്ദേശിച്ചു ഒരു മാർഗ്ഗദർശകനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് മോസനബി അലൈഹി ഇസ്ലാത്തു അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കണത് എന്താ പ്രത്യേകമാവുന്ന ഒരു വിളിയാളാണ് മുസനബി അലൈസ് എന്താ പറയണത് നിനക്ക് ഈ നുഭുവത്താവുന്ന ഏറ്റവും മഹത്താവുന്നതായ ഒരു അംഗീകാരപത്രം ഒരു സാക്ഷ ഒരു സർട്ടിഫിക്കറ്റ് അത് തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഈ പ്രദേശം ഉണ്ടല്ലോ ഈ സ്ഥലം ഇത് വളരെ വിശുദ്ധമായ ഒരു സ്ഥലമാണ് മൂസ മൂസെ ഇതിനിക്ക് എന്തുകൊണ്ട് ഈ സ്ഥലത്തിനൊക്കെ ഇത്രമാത്രം വിശുദ്ധി ഉണ്ടായി നുപുവത്തു കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന നുഭുവത്ത് എന്ന് പറയുന്ന മഹത്വ ഈ സ്ഥാനം നൽകി ബഹുമാനിക്കപ്പെടുന്ന മൂസെ നിന്റെ ആ ഏറ്റവും പുണ്യമാവുന്നതായ പാദം ആ പാദം കൊണ്ട് അനുഗ്രഹ പാദത്തിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിതമാവേണ്ട സ്ഥലമാണിത് മറ്റൊന്ന് അവുന്ന ഞാൻ ഞാൻ ഈ സ്ഥലത്ത് വച്ചിട്ടാണ് നിനക്ക് ഈ മഹത്വ ഈ പദവി നൽകണത് നിന്നോടുള്ളതായ പ്രത്യേകമാവുന്ന ഈ പദവിക്ക് ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലവും ഈ പദവി നൽകാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുത്ത സ്ഥലവും അതുകൊണ്ട് ഈ സ്ഥലം എന്നുള്ളതുണ്ടല്ലോ ഇത് ഏറ്റവും പുണ്യമായ സ്ഥലമാണ് ഇത് ഏറ്റവും ആദരിക്കേണ്ടതായ സ്ഥലമാണ് ഏറ്റവും ബഹുമാനപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ഫഹുലായനായ്ക്ക് ഇന്നക്കബിൽ വാതിൽ മുക്കദ്സി തുവ മൂസനി അങ്ങനെ പിന്നെ ചെരുപ്പ് അങ്ങോട്ട് കയറുന്നത് കാരണം എന്താ ഇന്നക്കബിൽവാതിൽ മുക്കദ്സി തുവ എന്ന് പറയുന്ന ഈ വിശുദ്ധമായ തായ്വരയിലാണ് മൂസേനിയുള്ളത് അപ്പം ഈ താഴ്വരക്ക് ആദ്യം വല്ല വിശുദ്ധിയുണ്ടോ ഒരു വിശുദ്ധിയില്ല അത് സാധാരണ ഒരു മലൻ്റെ താഴ്വര മാത്രമാണ് പക്ഷേ മൂസനബി അലൈഹു സ്വലാത്തു വസ്സലാമിനിക്ക് അവ്വാഹു സുബാനുഭവത്തായാലും നുബുവത്ത് കൊണ്ട് ഈ സ്ഥലത്തിന് അവ്വാഹു നുഭുവത്തിന് വേണ്ടി അവർക്ക് നുപുവത്ത് തന്ന ഈ മഹത്താവുന്ന പദവി നൽകാൻ വേണ്ടി അവ്വാഹു സുബാനുഭവത്തായാലും പ്രത്യേകമായി തെരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ടിട്ട് ആ സ്ഥലത്തിനിക്കൊരു പ്രത്യേകത ഉണ്ട് അതാണ് ഇന്ന കപിൽ വാതിൽ മുക്കദ്ദസി തുവ വളരെ വിശുദ്ധമാവുന്ന ഈ തുവ എന്ന ഈ വാദി ഈ പ്രദേശത്താണ് ഇനി ഉള്ളത് മൂസെ ചെരുപ്പൂരിക്കരണം എന്ന് പറഞ്ഞു അണ്ടോ ഇതാണ് ദീനിൻ്റെ അടിസ്ഥാനത ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കുക അതിനോട് ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കുക മുടിയാണെങ്കിലും വടിയാണെങ്കിലും ഇതൊക്കെ ബഹുമാനിക്കണം ഇത് നമ്മളെ ഏറ്റവും ശുന്നികളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരാണത് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക എന്നുള്ളത് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കല് മാത്രമല്ല മഹാന്മാരൊക്കെ മഹാന്മാരോട് ബന്ധപ്പെട്ട സർവ്വ ആസാറുകളെയും അവർക്ക് പിന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതോ അവർക്ക് മഹാന്മാരെ ആസാറുകളാണെന്ന് വളരെ വ്യക്തമായ ആസാറുകൾ അത് രേഖാമൂലം തെളിഞ്ഞതൊക്കെ അവർ സൂക്ഷിക്കണ സമ്പ്രദായങ്ങളുണ്ടായിരുന്നല്ലോ അതൊന്നും ഇപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉദ്ധരിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല നബി സലു അലി വസല്ല തങ്ങളെ മുടി റസൂള്ള സല്ലു അല്ലി വസ്ലമ്മ തങ്ങള് മിനയിൽ വെച്ചുകൊണ്ട് അതിനെ വിതരണം ചെയ്തു സഹാബത്ത് അതിനെ സൂക്ഷിച്ചിട്ടുണ്ട് നബി ഒതുണ്ടാക്കിയ വെള്ളത്തിന് അവർ തിക്കും തിരക്കും കൂടിയിരുന്നു നബി സലഹ് വലി വസ്ലമ്മ തങ്ങളെ പൊതപ്പ് നബിൻ്റെ വസ്ത്രം നബി സുല്ലാ വസലമ തങ്ങൾക്കുള്ള ചെരുപ്പ് നബി കുടിച്ച പാത്രം ഇതൊക്കെ പുണ്യമായതരുന്ന് അതൊക്കെ ജനങ്ങളത് അറിയിക്കുന്നതായ ബഹുമാനവും ആദരവോട് കൂടി അതിനെ സൂക്ഷിച്ചു വെക്കുകയും അതിനൊക്കെ നബിൻ്റെ വിയർപ്പിനെ സൂക്ഷിച്ചു വെച്ചു അങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാത്തിനും പുണ്യുണ്ട് എന്ന് വിശ്വസിക്കുന്നതായ ഒരു പ്രത്യേക ഒരു പുണ്യം ഉണ്ട് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ അത് നമ്മളെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ ആചാരത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു ആചാരം തന്നെയാണ് നമ്മളൊക്കെ എന്താണ് മഹാന്മാരോട് ബന്ധപ്പെട്ടതാണെന്ന് ഉറപ്പാവണം മഹാന്മാരോട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് വ്യക്തമായി തെളി സമസ്തകയുള്ള ജമീയത്തുള്ള തന്നെ ഈ മുടിനെ സംബന്ധിച്ചുള്ളതായ ചർച്ച ഇവിടെ വന്നപ്പോൾ സമസ്തകയുള്ള ജമീയത്തുലമ വളരെ വ്യക്തമായി ആർക്കും അർത്ഥ ഒരു നൽകും സംശയത്തിൻ്റെ ഇടയില്ലാത്തതിൽക്ക് പ്രഖ്യാപിച്ചു ഈ മുടിൻ്റെ അടിസ്ഥാനം തെളിയണതുവരെ അതിലാരും വഞ്ചിതരാവരുത് ഏതാ ഒരു മഫു മുഖാലഫാക്കാരൻ മൂലിയുണ്ട് കേക്കെ ഭാത്ത് നമുക്ക് നമ്മള് പറയലുണ്ടല്ലോ അരമുളം അരമുഴം കേക്ക് എന്ന് പറഞ്ഞാല് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു മുഴ ഹംഖായി കരന്ന് അത് വളരെ അത് അർത്ഥവത്താക്കണ നിലക്ക് വലിയ പണ്ഡിതനാണെന്ന് വിചാ ഞാൻ എപ്പോഴും ഞമ്മളെ ഈശ്വന്മാരും ഒക്കെ ചില ആളുകൾ നമ്മളോട് വന്ന് പറയിലുണ്ട് ഞങ്ങള് പിന്നെ മൂപ്പര ക്ലാസ്സിന് പോയി എന്തിനോടോ അയാളെ ക്ലാസ്സിന് പോണ് എന്തെങ്കിലും അയിന്ന് തിരിയാണ്ട എന്തെങ്കിലും മനസ്സിലാക്കാണ്ട ഷേഖുനാന്റെ അടുത്ത് ഓദ്യം ഷേഹ്നാൻ്റെ ഈശ്വന്മാരെടുത്ത് ഓദ്യ ഒരുത്തൻ വേറെ ഒരുത്തൻ്റെ ഗ്ലാസിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്താ അതിൻ്റെ ആവശ്യം എന്ത് മസേലിനെ സംബന്ധിച്ചും ഷേഹ്നാൻ്റെ മേലൊരു ഫാത്തിയ ഓതിയാൽ മതിയെന്നാണ് ഷേഫ്നെ പറയൽ ഇന്ന മനസ്സിൽ ഉഴുതൂർ ചെയ്താൽ മതിയോടോ അപ്പം അത് മനസ്സിലാവുന്ന അത് അനുഭവിക്കുന്നവയാണ് ഞാനും ബഹുമാനപ്പെട്ട എം ടി ഉസ്വാ ഒക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം അതങ്ങനെ തിരിടൊരു ആൾ ആളുകളൊന്നല്ല അതുകൊണ്ടുള്ള മഫു മുഖാലഫ ഹുജ്ജത്താണെന്ന് പറഞ്ഞിട്ട് മഫു മുഖാലഫ ഉജ്ജത്താവും മഫു മുഖാലഫ ഉജ്ജത്താവണമെങ്കിൽ അതിനൊരുപാട് ശ്രൂത്തുകളുണ്ട് ഒരു അബായ്മു ബുക്കുമില്ലാത്ത ഈ ഫീ ഹുജൂരിക്കും ഹിജുറുള്ള റബീബത്തിന് ഹറാമാക്കപ്പെട്ടു എന്നാ ഹിജുറുള്ള അല്ലാത്ത റബീബത്ത് എന്താ അത് ഹറാമല്ലാന്നല്ലേ അതിൻ്റെ കാരണം എന്തുകൊണ്ട് ഈ ഫീ ഹുജൂരിക്കും എന്നുള്ള ആ കൈദിനെ പറഞ്ഞത് ഓലിബിലേക്ക് നോക്കിയിട്ടാണെന്ന് ഓലിബിലും റബീബത്തുകൾ ഇങ്ങനെ ഹിജുറുള്ള അങ്ങനെ മഫു മുഖാലഫ അതിന്റെ പറയപ്പെടാത്തീന്റെ ഹുക്കുമും അഴിവ്മാവുന്നോർത്തും മഫു മുഖാലഫ ഉജത്തല്ല അടിസ്ഥാനം തിരിയണത് വരെ വഞ്ചിതരാവരുതെന്ന് പറഞ്ഞാൽ പിന്നെ അടിസ്ഥാനം തിരിഞ്ഞാൽ വഞ്ചിതരാവാന്നാരെയും പറയോ അടിസ്ഥാനം തിരിഞ്ഞാൽ പിന്നെ അവിടെ വഞ്ചിതരാവരുണ്ടോ ഇത് ശരിയായ അടിസ്ഥാനമുള്ള മുടിയാണെന്ന് വന്നാൽ പിന്നെ അവിടെ വഞ്ചിതരാവില്ലല്ലോ എല്ലാവരും അത് വഞ്ചിതരാവല്ലോ അവിടെ ചെയ്യണത് ആ മുടി കൊണ്ടുള്ളതായ ബറുക്കത്തിൽക്കും നേരെ വെച്ചാൽ അടിസ്ഥാനം തിരിഞ്ഞിട്ടില്ല എന്ന് വെക്കുക നഴി വഞ്ചിതരാവാൻ പോകും വേണ്ട ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു വാദ്യതല്ലേ അമർബിൻ ഹത്താബ് തങ്ങള് പിന്നെ ആ മരം മുറിക്കാൻ പറഞ്ഞത് അവിടെ ഒരു ബർഖത്തുള്ള മരം ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ ഉണ്ടായിരുന്നു മരം വളരെ ബർക്കത്തുള്ള മരമായിരുന്നു ഇസാ ഒരു ദിവസം ആ തങ്ങള് ബൈ അതുവാൻ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ബൈത്ത് ആ ബൈഹത്ത് നടത്തിയ മരമാണത് ആ ആ മരത്തിനും ആ മരത്തിന്റെ ചുറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കണവരായിരുന്നു സഹാബത്ത് അവർ കൂട്ടം കൂട്ടമായി ഇങ്ങോട്ടിട്ട് അതിന്റെ പുണ്യം നേടാൻ വേണ്ടി അങ്ങോട്ട് പോകാനുണ്ടായി പിന്നെ ഉമർ വിന സത്താപിന്റെ കാലഘട്ടം വന്നപ്പോൾ അവിടെ എന്താ സംഭവിക്കണത് യഥാർത്ഥ മരത്തിൽ ഇപ്പോൾ ഒരു പത്ത് ഇവിടെ എന്തിനാണ് അതിനൊക്കെ നമ്പറിടിച്ചത് എം ടി സാബ് നിർബന്ധമായി പറഞ്ഞു ഇവിടെ നമുക്ക് ഈ ഓരോ കാലിനും നമ്പർ ഇടണം അത് ചോദിച്ചപ്പോൾ ഈ ഒന്നിന്റെ ചുവട്ടിൽ ഇരുന്നവൻ പിന്നെ അവൻ്റെ സാധനൊക്കെ അവിടെ പോയി രണ്ടാമത് വരുമ്പോൾ അവൻക്ക് ഏതാണ് അവൻ ഇരുന്നെന്നുള്ളത് ചിലപ്പോൾ തശിശുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്പർ ഇട്ടാൽ ഒന്നിൻ്റെ ഓട്ടിലാണ് ഞാൻ ഇരുന്നെ അതിൻ്റെ അടുത്ത് ഒന്നിരുന്നാൽ മതി അപ്പോൾ എന്നതുപോലെ കുറേ മരങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ഈ ഓട്ടിൽ വെച്ചുകൊണ്ട് വയ്യത്ത് കടന്നു അവിടെ വയ്യത്ത് കടന്നപ്പോൾ അവർക്ക് തോന്നി എന്തെന്ന് അറിയുമോ ഈ വൈ മരത്തിനേക്ക് എന്നുള്ളത് നിബിസമുള്ള വഴിയു സലമ തങ്ങൾ പഠിപ്പിച്ചതാണ് കാരണം നിബിസഹുല്ലാഹ് വഴിയു സലഹ തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദീനോട് ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വാത്യാത്താണത് ഏറ്റവും വലിയൊരു സംഭവമാണത് ആ സംഭവം അവിടുന്ന് നടന്നതുകൊണ്ട് ആ മരത്തിനുക്ക് പുണ്യുണ്ട് ആ മരത്തിനോട് അനുബന്ധിച്ച് അതിൻ്റെ പിന്നെ ചുറ്റുപാടുള്ള പ്രദേശത്തിനൊക്കൊക്കെ പുണ്യുണ്ട് ഈ പുണ്യുണ്ട് എന്ന് മനസ്സിലാക്കലും കണ്ടോ ബറുക്കത്തെടുക്കലാണത് ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായ ഒരു ആചാരാണത് സുന്നികൾക്കുള്ളതായ സുന്നികൾക്കായ ആചാരങ്ങളൊക്കെ ഉള്ളും മറ്റവർക്ക് ആചാരങ്ങൾ ഇല്ല കാരണം തീൻ വണ്ടേ നിരീശ്വര നിർമ്മതവാദികൾക്കുള്ളതായ ഭാഷയിലല്ലോടോ അവര് സംസാരിക്കണത് നിരീശ്ണ നിർമ്മതവാദികൾ എന്താ ഏത് മുടിയും പിന്നെ ഏത് മുടിയും കത്തിച്ചാൽ കത്തുന്നു ഇതെന്നല്ലേ ഓ അബ്ദുദ സായിബ് എഴുതിയത് ഇതന്നെയല്ലേ ആരിഫ് അലി പറഞ്ഞത് അപ്പൊ ഏത് മുടിയും കത്തിച്ചാൽ കത്തൂല്ല റസൂൽദാന്റെ മുടിയാണെങ്കിൽ കത്തിച്ച മുമ്പൊരു സാലിഹായ മനുഷ്യൻ മരിക്കുമ്പോൾ പറഞ്ഞു നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഇന്ത്യ ഒരുക്കി വെച്ചു ചോദിച്ചു മൂപ്പർ പറഞ്ഞു മക്കൾ സാലിഹിങ്ങൾ ആണെങ്കിൽ അള്ളാഹു സാലിഹീൻ അള്ളാ വല മക്കൾ സാന്നിഹ്യങ്ങൾ അല്ല നിൽക്കുക എന്നാൽ എനിക്ക് വലിയൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നതുപോലെടോ മുടി യഥാർത്ഥ മുടിയാണെങ്കിൽ അത് കത്തിച്ചാൽ കത്തൂല്ലേ ഉറപ്പല്ലേ കത്തി പിന്നെ പിന്നെ മുടിയേറ്റ് കടന്നൂടെ ധൈര്യത്ത് കൊണ്ടു നടക്കാം മുടി യഥാർത്ഥ മുടിയല്ലാന്ന് വെക്കുക എന്നാ കത്തിച്ചാൽ കത്തും പിന്നെ നബിസ്വാവസ്ഥലമാ തങ്ങൾക്കുള്ളതായ പല്ല് നിന്ന് പല്ല് യുദ്ധത്തിന് പൊട്ടിപ്പോയല്ലോ ഇതാണ് ഓ അബ്ദുല്ല സാഹിബ് എഴുതി ഉഴുതി യുദ്ധത്തിൽ നബിസ്വാവസ്ഥലമാ തങ്ങൾക്കുള്ളതായ പല്ല് പൊട്ടിപ്പോയി പോലും തായ്ഫിലേക്ക് പോകുമ്പോൾ നബിസ്വല തങ്ങളുടെ ശരീരത്തിന് രക്തം ഒലിച്ചു നതൊന്നും ഒലിക്കാൻ പാടില്ലല്ലോ എന്ന ഭാര്യയാണെങ്കിൽ മുടിക്കും എന്താക്കാം മുടിയാണെങ്കിൽ മുടിയും കരിയാന്ന അങ്ങനെയല്ല അത് മുമ്പ് ഞാനിപ്പോ എനിക്ക് ഓർമ്മ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഷേഖുനാ ശംഷുമായി ഫ് സിറോബുല്ല അസീസ് അവര് എടക്കരയും മഞ്ചേരിയും വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായിട്ട് സംവാദം ഉണ്ടായ സമയത്ത് ഫാദർ ചോദിച്ചു പിന്നെ മുമ്പ് ഇങ്ങളെ കൂടത്തിന് ശവത്തിനൊക്കെ ഹയാത്തി ഇടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അങ്ങനത്തെ പോലും ഇണ്ടാന്ന് ചോദിച്ചു ഷെയ്മൻ അതിന് പറഞ്ഞ മറുപടി എന്താന്ന് അറിയോ ശവം കൊണ്ടുപോവാ ഞാൻ ഹയാത്തിടീക്കും ശവം കൊണ്ടുപോവാന്ന് പറഞ്ഞു ഞാൻ അതിന് ഈ വെപ്പിക്കും എന്ന് പറഞ്ഞു ഞമ്മളാ സംഭവം ശൈവനോട് ചോദിച്ചിട്ടുണ്ട് ശവം കൊണ്ടുപോവാ ഞാൻ ജീവ അടിക്കുന്ന ശവം കൊടുത്താൽ ശൈവൻ എന്താ ചെയ്യാന്ന് വെച്ചു ജീവടിക്കും ഞാൻ പറഞ്ഞു എന്തോടോ അതിന് സംശയില്ലോ പക്ഷേ ജീവ ദീനിനൊരു തഹദ്ദി വരുമ്പോൾ ശിവൻ എന്നിട്ട് പറഞ്ഞാൽ ആ സ്റ്റേജിൽ എനിക്ക് ജീവടിക്കാന്ന് വളരെ ധൈര്യമുണ്ട് അവിടെ റസൂൾ അവിടെ ഉണ്ട് മഹാൻമാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരൊക്കെ ഉണ്ട് പരിശുദ്ധ ദീൻ ഇവിടെ പൊളിഞ്ഞു പോവുന്നു കാണുമ്പളെ അതിന്റെ എതിരിലാണ് ഞാൻ അവിടെ ആ പ്രസംഗം നടത്തുന്നത് അപ്പൊ അവിടെ ശവം കൊണ്ടുവന്നാ ഞാൻ ജീവടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ജീവടിക്കാന് ജീവടിക്കേണ്ടി വന്നാൽ ജീവടിക്കാൻ കഴിയും എന്നതുപോലെ മുടി റസൂല്ലാന്റെ മുടിയാണെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട അവസരം വരുമ്പോൾ ആ മുടിയുണ്ടല്ലോ അത് കത്ത് തന്നെ ഇല്ല ഒരിക്കലും കത്തൂല അത് റസുൽത്താന്റെ മുടിയാണെങ്കിൽ കത്തൂല ഈ വിശ്വാസക്കാരാണ് നമ്മൾ അപ്പോ ഏതായാലും ആ ഭാ അതല്ല നമ്മളെ വിഷയം ആ വിഷയത്തിലേക്ക് കടന്ന് പ്രസംഗിക്കുമല്ല അപ്പൊ ബറുക്കത്തെടുക്കാന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികളാവുന്ന നമ്മള് മുസ്ലിം ലോകം ചെയ്യേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ആചാരാണ് വറുക്കത്തെടുക്കൽ പക്ഷേ ഈ വർക്കത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം വെമ്മറുബിൻ ഹത്താബ് തങ്ങൾ ചെയ്തതുപോലെ അവിടെ മരം ഒരു മരത്തിൻ്റെ ഏട്ടിൽ വെച്ച് വൈകാത്താണ് വെമ്മറുബിൻ ഹത്താബ് തങ്ങളെന്താ അവിടെ മനസ്സിലാക്കി എല്ലാവരും മരം ആ യഥാർത്ഥ മരത്തിൻ്റെ അടുത്തല്ലാതെ ഒരു കൂട്ടർ എന്നിട്ട് ഇതാണ് മരം എന്ന് ആ മരത്തിൻ്റെ എഴുത്ത് ചെല്ലും മറ്റൊരു കൂട്ടർ മറ്റൊരു മരത്തിൻ്റെ അടുത്ത് മറ്റൊരു കൂട്ടർ മറ്റൊരു മരത്തിൻ്റെ എഴുത്ത് മറ്റൊരു കൂട്ടർ മറ്റൊരു മരത്തിൻ്റെ എടുത്ത് യഥാർത്ഥ മരം അവിടെ ഉണ്ട് ഈ യഥാർത്ഥ മരം ഏതാന്നുള്ളത് തിരിച്ചറിഞ്ഞുകൂടാതെ പല മരത്തിന്റെ അടുത്തും ചെല്ലാൻ തുടങ്ങി കണ്ടോ അപ്പഴം ഹർത്താവ് തങ്ങളെന്ത് പറഞ്ഞു അവിടുന്ന് ഒരു മരം മുറിച്ചാലോട് വന്ന് ഈ മുറിച്ചത് യഥാർത്ഥ യഥാർത്ഥ മരം അവിടെത്തന്നെ ഉണ്ടാവുക അവിടെ ഒന്നായിട്ട് പ്രസിദ്ധപ്പെടുത്തി മരം അവിടെ നിന്ന് മുറിച്ചിരിക്കണെന്ന് എന്ന് പറഞ്ഞത് മരത്തിനിക്ക് മുന്നില്ലാത്തോണ്ടല്ല മരം പുണ് ബർക്കത്തെടുക്കേണ്ട മരമല്ലാത്തതിൻ്റെ പുരട്ടി എന്നിട്ട് ബർക്കത്തെടുക്കേണ്ടതായ ഒരവസ്ഥ വന്നപ്പോൾ ആ മരത്തിനെ മുറിക്കാൻ പറഞ്ഞു അപ്പം ജനങ്ങളോടൊക്കെ പറഞ്ഞു മരം അവിടുന്ന് മുറിച്ചുപോയിക്കുന്നു മരം അവിടുന്ന് മുറിച്ച് പിന്നാരും അങ്ങോട്ട് പോകില്ലല്ലോ ബർക്കത്തില്ലാത്തതുകൊണ്ടല്ല ബർക്കത്ത് അവിടെ ഉണ്ടായിരുന്നു ബർക്കത്തെടുക്കേണ്ടത് ആ അപ്പം ബർക്കത്തെടുക്കപ്പെടുന്ന സാധനത്തിന്റെ അടിസ്ഥാനം എന്താവണം അത് തെളിയണം അത് എപ്പോൾ തെളിയിക്കപ്പെടുന്ന കാലത്തോളം തെളിയിക്കപ്പെടാത്ത കാലത്തോളം അതിന് വഞ്ചിതരാവാൻ നമുക്ക് പറ്റൂല പിന്നെ ബിസ്വൽ അലി വസ്ലാം മഹാ മഹാന്മാരുള്ള ആധാറുകൾ മുഴുവനും അങ്ങനെ തന്നെ സമസ്തകയുള്ള ജമിയത്തുല്ലമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഒരിക്കൽ നമുക്ക് മാറ്റി പറയേണ്ട ഒരവസ്ഥ തീരെ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഷായറ മുബാ മസ്ജിദ് ഷായറേ മുബാറൊക്കെ എന്ന് പറഞ്ഞു ചില ആളുകൾ പിന്നെ കുറെ കഴിക്കുമ്പോൾ പറഞ്ഞിട്ടിപ്പോൾ മസ്ജിദുൽ ആധാറാണെന്ന് ഇനി കുറെ കഴിക്കുമ്പോൾ വേറെന്താകും നമുക്കറിയാൻ പറ്റില്ല കാരണം മാറ്റി എല്ലാം മാറ്റി പറയേണ്ട ഒരവസ്ഥ ഇത് ഇവിടുത്തെ എല്ലാ വിത പ്രസ്ഥാനങ്ങൾക്കുണ്ട് കണ്ടോ മുജായുദ്ധ പ്രസ്ഥാനക്കാൾ പലതും മാറ്റി പറഞ്ഞു അവർ തറാവീഹ കണ്ടോ തൊറാവീഹി എട്ടാണെന്ന് പറഞ്ഞു പിന്നെ തൊറാവി പ്രത്യേക അനുസ്കാരം റമലാനിൽ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പം തീരസ്കാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തി റമലാനിലങ്ങനൊരു പ്രത്യേക അനസ്കാരമില്ലാന്ന് ഞമ്മളങ്ങനെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞത് മാറ്റി പറഞ്ഞതായിട്ട് പറയാൻ കഴിയുമോ പിന്നെ പെണ്ണ് കേത്തു പഠിപ്പിക്കേണ്ട പറഞ്ഞു ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട പറഞ്ഞു അതൊന്നും ഞമ്മൾ മാറ്റി പറഞ്ഞതല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടെന്ന് സമസ്തകയുള്ള ജമീതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനു പറഞ്ഞത് അതന്ന് ബ്രിട്ടീഷുകാരോടുള്ളതായ അവരെ എല്ലാം അവർ അവരെ എല്ലാം വർജിക്കുക എന്നുള്ള നൽകാം അവരോടുള്ളൊരു സമരം എന്നുള്ള നിലക്കുള്ളൊരു പ്രഖ്യാപനമാണത് അങ്ങനെ മാറ്റി പറയേണ്ടതായ ഒരവസ്ഥ ഈ സംസ്ഥകളുടെ ജമീ മാറ്റി പറയാൻ പാടില്ല എന്നല്ല മാറ്റി ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല സമസ്തൻ്റെ ഏത് തീരുമാനങ്ങൾക്ക് പിന്നിലും മഹാന്മാർക്കുള്ളതായ മതതുകൾ ഉണ്ടാവും അവരെ പ്രത്യേകമായ സഹായത്തോടു കൂടിയായിരിക്കും സംസ്ഥകളുടെ ജമീയത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും അവ അപ്പം അതുപോലെ തന്നെയാണ് ഈ മുടിൻ്റെ കാര്യം മുടിനെ സംബന്ധിച്ചിടത്തോളം മുടി വർക്കത്തെടുക്കപ്പെടേണ്ട മുടിയാണ് സൂതാൻ്റെ മുടിയാണെങ്കിൽ കാരണം നമ്മൾ ആചാരത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതൊരു ആചാരമാണ് വർക്കത്തെടുക്കപ്പെടേണ്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾ എങ്ങനെയാണ് സാധനത്തിൻ്റെ തപറൂക്കിനെ നമ്മൾ തീരുമാനിക്കേണ്ടത് മഹാന്മാരോട് ഇമാം ഷാഫി തങ്ങൾക്കുള്ള കുപ്പായം മഹാനാവുന്ന ഇമാം അഹമ്മദ് ബുൻ ഹമ്പൽ തങ്ങൾ അത് കഴുകി അതിൻ്റെ വെള്ളം കുടിച്ചിരുന്നു ആ കുപ്പായത്തിനിക്കൊരു ബർക്കത്തുണ്ട് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട കുപ്പായമായതുകൊണ്ട് ആ കുപ്പായത്തിനൊരു ബർക്കത്തുണ്ട് മഹാന്മാരാവുന്ന അവൻ്റെ ഒലിയാക്കന്മാർക്കുള്ള കുബൂറുകൾ ആ കുബൂറിനോട് ബന്ധപ്പെട്ട് എടുക്കണതായ അതിൻ്റെ മുകളിൽ വിരിച്ച വിരിപ്പ് ആ വിരിപ്പിനൊരു പുണ്യല്ലേ അവരെ സമീപത്തുള്ള സർവവും ബർക്കത്തുള്ളതല്ലേ ഇതല്ലേ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരിയായ ദർശനം ഇങ്ങനല്ലേ ഇസ്ലാ വഴി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാരോട് ബന്ധപ്പെട്ട് എടുക്കണ ഏതുണ്ടോ അത് മുഴുവനും ബർക്കത്തുള്ള അവരെ കുപ്പായാണെങ്കിൽ കുപ്പായത്തിനു ബർക്കത്തുണ്ട് അവരെ പിന്നെ അവരെ ശരീരത്തിലുള്ളതായ മുടിക്ക് ബർക്കത്തുണ്ട് അതൊക്കെ ഒരു ബർക്കത്തെടുക്കാൻ പറ്റിയ സാധനം തന്നെയാണ് അവരെ തുപ്പലത്തിരിക്കു റസൂൾ സലഹ് അലി വസല്ല തങ്ങൾ തുപ്പി ഋസുലി വസ്ലമ്മ തങ്ങളെ തുപ്പലം കൊണ്ടിട്ട് എത്രയോ മുറിവുകൾ സുഖമായി എത്രയോ വള്ളത്തിൽ അള്ളാഹ് വലിയ വസ്ലമ തുപ്പി ആ വെള്ളം കുടിച്ചത് കൊണ്ട് പല രോഗങ്ങളും ഷിഫിയായി ഇതൊക്കെ വളരെ സഹിയായ ഹരീസുകളിൽ വളരെ വ്യക്തമായ നിൽക്കേ രേഖപ്പെടുത്തപ്പെട്ട സംഗതികളല്ലേ അപ്പൊ ബറുക്കത്തിടുക്ക എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ആചാരം സുന്നികളാവുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ ചെയ്യേണ്ടതായ ആചാരത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെയാണ് ബഹുമാനിക്കേണ്ട സാധനങ്ങളെ ബഹുമാനിക്ക ോട് ബന്ധപ്പെട്ടതായ ബർക്കത്ത് എടുക്കപ്പെടേണ്ട പരിശുദ്ധ ഖുർആന്റെ സ്വഭാവ പല സ്ഥലത്തും പരിശുദ്ധ ഖുർആാൻ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിബിസുല്ലാസല തങ്ങളും മേഹാജി ഇസ്രായലിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഉൽ ഹറാം ഉൽ അക്സ ആ മസ്ജിദുൽ സംബന്ധിച്ച് എന്താ പറഞ്ഞി ബാറഖൂ അതിന്റെ ചുറ്റും വളരെയധികം അനുഗ്രഹിതമാണ് എന്തുകൊണ്ടാണ് അനുഗ്രഹിതണ്ടായത് അവിടെ അതിന്റെ ചുറ്റുമുള്ളത് എന്താ മഹാന്മാരായ അള്ളാഹുന്റെ ഒലിയാക്കന്മാർ അമ്പിയാക്കന്മാർക്കുള്ള കുബൂറുകൾ മഹാന്മാരാകുന്ന അള്ളാഹുന്റെ അമ്പിയാക്കന്മാർ അവരോട് ബന്ധപ്പെട്ടതായ പ്രത്യേകമാവുന്നതായ പ്രധാനപ്പെട്ട വാക്കിയാത്തുകൾ സംഭവങ്ങൾ ആ സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലമാണത് അതിലിക്ക് വളരെയധികം പുണ്യുണ്ടെന്ന് പരിശുദ്ധ കുർആാന്റെ പ്രഖ്യാപനമാണ് അത് പുണ്യുണ്ടായതുകൊണ്ടല്ലോടോ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത് മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ റോഹിനെ പിടിക്കാൻ അസറായിൽ അലൈഹി സ്വലാത്തു വസ്ലാമെന്ന് അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിച്ചു അടിച്ച അസറായി കണ്ണ്ണ് പൊട്ടിച്ചു ഇമാരിത്തേത് ഹദീഫാണ് എന്തെങ്കിലും കെട്ടുകതല്ല കണ്ണ് പൊട്ടിച്ചു അസറായി അലൈഹിത്തു വസ്സലാമുബൻ എന്നത് സങ്കടം പറഞ്ഞു പഠിച്ചതമ്പുരോനെ ഈ മരിക്കാൻ ഉദ്ദേശിക്കാത്ത മൂസന്റെ അടുത്തു കാണോ പറഞ്ഞു വിട്ടത് മൂസ കാട്ടിയ പൊണിയണ്ടിയിൽ എന്റെ കണ്ണത് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു മുജാഹിദീനോ ജമായത്തി ആർക്കും നിഷേധിക്കാൻ പറ്റൂല കാരണം മനുഷ്യൻ വെളുതായാൽ അവർക്ക് മലായിക്കത്തിനേക്കാൾ ഉയരാൻ കഴിയും മലായിക്കത്തിന് മനുഷ്യന്റെ ചെൽപ്പടി കൊത്തുകൊണ്ടിട്ട് മലായിക്കത്തിന് നിർത്താൻ മനുഷ്യനെ കഴിയും അടിച്ചുപൊട്ടിച്ചു രണ്ടാമത് മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിലേക്ക് വീണ്ടും അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കാണ് ഹസറായിൽ വന്നപ്പോ മൂസനബി ചോദിച്ചു നീന്തിനോട് രണ്ടാമതും വന്നിരിക്കണെന്ന് ഒന്നുമില്ല അവ്വാഹു സുബഅനുഭവത്താല ഒരു പശുവിന്റെ പുറത്ത് നിങ്ങളോട് കൈയിൽ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ എത്ര രോമം കൊടുക്കും നോക്കുക ഓരോ രോമത്തിനും മൂസയെ നിങ്ങൾക്ക് ഓരോ വർഷത്തെ ആയുസ് ഉണ്ട് എന്നാ അവയണത് അപ്പൊ മൂസ നിങ്ങളെ കൈയിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷം രോമം കുടുങ്ങി ഞങ്ങൾക്ക് ഒരു ലക്ഷം കൊല്ലപ്പെടെ താമസിക്കാന്നാണ് അവ പറയണത് എന്ന് അത്രേ ഉള്ളൂ അപ്പൊ മൂസനബി ചോദിച്ചു അത് കഴിഞ്ഞിട്ട് നീ എന്താണ് ചെയ്യലെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യലോ നിങ്ങളെ റോഹിനെ പിടിക്കും എന്ന് പറഞ്ഞു മൂസനബി എന്ത് പറഞ്ഞു റോഹിനെ എവിടുന്നു പിടിക്കാൻ പറ്റൂല ഞാൻ ആ ബൈത്തിൽ മക്കദസിൽ കാണുന്ന ആ കുന്നുണ്ടല്ലോ അതിന്റെ എടുത്ത് കണ്ടെത്തട്ടെ മുസലബി അലൈഹി സ്വല്ലാത്തു വസ്സലാം നടന്ന് അവിടക്ക് എത്തിയ ശേഷം പിന്നെ ജില്ലീൽ അലൈഹി സ്വല്ലാത്തു വസ്ലാമിനോട് റോഹിനെ പിടിക്കാൻ വേണ്ടി പറയാം എന്തിനെ അവിടെ പോയി പിടിക്കാൻ പറഞ്ഞു എന്നാ ഇവിടുന്ന് പിടിച്ചു അല്ലെ ആ സമയം അവിടെ വരെ ഇവിടെന്നെ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് കാരണം മരണം ഒക്കെ എവിടുന്നാവണം പുണ്യമായ സ്ഥലത്ത് നിന്നാവണം ഇമാം ബുഖാരി തങ്ങൾ അധ്യായം തന്നെ കൊണ്ടുവരണം അങ്ങനെ പുണ്യമായ ഭൂമിയിൽ വെച്ചുകൊണ്ട് മരിക്കലിനെ ആഗ്രഹിക്കാം അപ്പൊ പുണ്യമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണം ഉണ്ടാവുക അത് എന്താണ് മഹാന്മാരോട് ബന്ധപ്പെട്ടതായ ആധാറുകളുള്ള ഭൂമികളാവുമ്പോൾ ആ ഭൂമിയിൽ വെച്ചുകൊണ്ടിട്ട് ഭരണ ഉണ്ടാവുക അതൊരു നല്ല സംഗതിയാണ് അതിനെ കൊതിക്കുക മഹാനാവുന്ന മഹാന്മാരൊക്കെ അങ്ങനെ കൊതിച്ചിരേ കാരണം പുണ്യമായ സ്ഥലങ്ങളാവുമ്പോൾ ആ സ്ഥലങ്ങൾക്ക് ബറുക്കത്തുണ്ട് പുണ്യമായ ആ സമയങ്ങളുണ്ട് ആ സമയത്തിനുക്ക് വർക്കത്തുണ്ട് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അത് വളരെ കണ്ടോ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാറൂ നബി അലൈഹി സ്വലാത്തു ൂത്ത് കണ്ടോ അയാൾക്ക് അധികാരം കൊടുത്തു എന്നുള്ള ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് എന്താ കുമുത്താബൂത്ത് നിങ്ങൾക്കൊരു പ്രത്യേകം ആവുന്ന പെട്ടി വരൂന്ന് പെട്ടി വരും എന്ന് പറഞ്ഞുകൊടുത്ത് വിവരമില്ലാത്ത ചില ആളുകൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടല്ലോ സി എൻ അഹമ്മദ് മൗലുവിനെ പോലുള്ള ചില ആളുകൾ അവരൊക്കെ അതിനിക്ക് പിന്നെ കാളവണ്ടി വരികയെന്നോ അല്ലെങ്കിൽ ബൂത്ത് വണ്ടി വരുവാന്നൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിലും മഹാന്മാരാകുന്നതായ മുരിങ്ങൾ മുഫസരിങ്ങളും മുഫസ്രീങ്ങളും ഒക്കെ പറഞ്ഞ ആരാന്നു ലോഹയിലുള്ളതായ ലോഹി മഴഫൂതിൽ അവ്വാസുബനുഭവത്തായ രേഖപ്പെടുത്തിയ ഖുർആാന്റെ തഫ്സീറുകൾ ആ തഫസീറുകൾ അവരെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിട്ട് തഫ്സീർ ചെയ്തവരാണ് മഹാൻമാരായ മുഫസ്സീറുകളൊക്കെ അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഖുർആാന്റെ അർത്ഥം പറഞ്ഞവരല്ല സി അഹമ്മദ് മൗലയി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളതായ മൗലവിമാർ പറഞ്ഞതുപോലെ ഖുർആന്റെ അർത്ഥം പറഞ്ഞവരല്ല അവരൊന്നും അവിടെ കണ്ടോ അവിടെ ആ പെട്ടിന്റെ പ്രത്യേകത എന്താ അവിടെ ബക്കയ്യത്തുന്മിമ തറക്കഅൽ മൂസാവൂൽ ഹാറൂ നബിയും മൂസാ നബിയും ഇവര് പിന്നെ അവിടെ ഇട്ടേച്ച് പോയതായ അതിന്റെ ചില പ്രത്യേകമാവുന്ന അവരെ ചില ആസാറുകൾ അവിടെ ആ പെട്ടിന്റെ പ്രത്യേകതയാണ് പറയണത് അങ്ങനെ ആ പെട്ടിന്നെ മുന്നിൽ വെച്ചുകൊണ്ടിട്ട് അവര് എന്തായിരുന്നു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവർ ദ ചെയ്യലുണ്ടായിരുന്നു ഞമ്മള് മമ്പോർത്ത കോടിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ മമ്പുറത്ത് കോടി പഴയകാലത്തൊക്കെ അവിടെ ഒരു പതിവേണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ മമ്പുറത്ത് എന്നിട്ട് അവിടുന്ന് അവിടുത്തെ അതിൻ്റെ ആളുകളോട് എന്ന് പറയും ഞങ്ങൾക്ക് ഇത് മഴ ഇല്ല ഞങ്ങളുടെ പ്രദേശത്ത് ഒരു കൊടി വേണം ആ കൊടി വളരെ ആദരവോട് കൂടി അവരവിടുന്ന് കൈമാറ്റം ചെയ്യും അങ്ങനെ നമുക്ക് തോന്നുന്നു എന്താ ഇപ്പം ഒരു കൊടി എടുത്ത് കണ്ടിങ്ങനെ നടന്നാൽ അതുകൊണ്ട് മഴ കൊടിയെടുത്ത് നടന്നാൽ മഴ കൊടി വേണ്ടടോ കൊടിന്റെ ഈ കാല് കൊടിന്റെ കാലിട്ട് നടന്നാൽ തന്നെ മഴ പക്ഷെ അത് ഏതെങ്കിലും കൊടിയായാ പറ്റൂലെന്ന് എവിടെങ്കിലും തിരികെ കൊടിയായാ പറ്റൂല അത് തിരികെ പെടേണ്ടവരെ ഖബറിനെടുത്ത് തിരികെ പെട്ട കൊടിയാവണം ആ കൊടിക്ക് പുണ്യുണ്ടെങ്കിൽ പറയണത് എല്ലാ കൊടിക്കും പുണ്യുണ്ടകുന്നല്ല ഇപ്പൊ നമ്മളെ സമസ്തയ്ക്കുള്ള ജമിയത്തിൽ വൻ്റെ ഈ കൊടിക്കൊരു പുണ്യുണ്ട് ആ ഇത് സാധാരണ ഒരു കൊടിയല്ലത് ഇത് മഹാന്മാരാവുന്ന അബ്വാഹിന്റെ ഔലിയാക്കന്മാരാവുന്ന നമ്മളെ സമസ്തന്റെ മുൻകാമികളായ നേതാക്കൾ അവർ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചൊരു കൊടിയാണത് ഈ കൊടിക്കൂര് പുണ്യുണ്ട് നമ്മൾ വിശ്വസിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇത് നമ്മളെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് യാതൊരു സംശയമില്ല അതിലും സുന്നികളെ വിശ്വാസത്തിന്റെ നമ്മളെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം തന്നെ നമ്മളെ ഈ കൊടിക്കൂർ പ്രത്യേകത എന്തായാലും സംശയം ഒരു സംശയമില്ല മഹാനാവുന്ന ഖുത്തബു സമാൻ അലവി അൽ മൗല ദ തങ്ങളവെ പരിശുദ്ധമാവുന്നതായ ആ പുണ്യമാവുന്നതായ ആ കബർ ആ റോവ് ആ പിൻ മക്ബറ അതിൻ്റെ സമീപത്തിൽ നിൽക്കുന്ന സർവ്വത്തിനിക്കും പുണ്യം ഉണ്ടായിരുന്നല്ലേ ഒന്നും പുണ്യമില്ലാത്ത ഒന്നും അവിടെ ഇല്ല അതിൽ ഏറ്റവും പുണ്യമുള്ളതാണ് ആ കൊടി ആ കൊടി എടുത്ത് കൊടുത്തിട്ട് ആ കൊടിനെ എല്ലാവിധ ആദരവോട് കൂടി ഇവിടെ വെള്ളമില്ലാത്ത പ്രദേശത്ത് മുഴുവനും കൊണ്ടുനടക്കലിന്ന് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കൊണ്ടു നടന്നിട്ട് അവസാനം എന്താവും എന്നറിയോ നെല്ലിൻ്റെ വരമ്പത്ത് വെച്ചിട്ട് പാടത്ത് നെല്ലൊക്കെ വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എന്താക്കും മയനത്തേടുക വെറും നിക്കാരെ മാത്രമൊന്നല്ല മയനതായൽ രണ്ടു മൂന്ന് ഐറ്റത്തിലുണ്ട് മയന തേടുക എന്നാൽ മയനക്ക് വേണ്ടി വിക്കേരിച്ചല്ലേ നിൽക്കേരിച്ചൽ അതിന്റെ ഒരു ഐറ്റാണോ മയനത്തേടൽ നിൽക്കേരിച്ചാൽ അല്ലാതെന്താ ഐറ്റുണ്ട് എന്തെല്ലാം രൂപത്തിലുണ്ട് അയിപ്പെട്ട ഒരു ഐറ്റമാണ് അബ്ബാസ്ലേ നിർത്തി കാരണം എന്താ നിർസുലി തങ്ങളെ അളാപ്പിയാണ് നെബിന്റെ കബറിങ്ങ് പോയി കൊണ്ട് ചെയ്തു എന്ന ഒരു സംശയം അപ്പൊ മുജാഹിദികൾക്ക് എന്തെല്ലാം സംശയങ്ങളാണെന്ന് അറിയോ നെബിന്റെ കബറിങ്ങ് ചെന്ന് തരുന്ന പോലെ അത് നെബിന്റെ കബറിങ് ചെന്ന് തന്നാൽ മഴ അവിടെ അത് മഹാനാവുന്ന എമർബുൽ ഹത്താബ് തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു മസാലവിടെ മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ മുജാഹിദീങ്ങൾ പറയലുണ്ടല്ലോ എന്തിനന്നാൽ നബി മദീനത്തവിടെ നബിന്റെ ഖബറങ്ങൾ ചെന്ന് അവിടെ പിന്നെ മയനത്തെ എടിയാൽ പോലെ എന്തിനാ അബ്ബാസ് അബി അബ്ബാവ് തായലിനെ കൊടുന്ന് നിർത്തി അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ നബിസുല്ലാളി വസ്ലമ തങ്ങളെ ഖബറുകൾ ചെന്ന് ഇസ്തികായ് ചെയ്താൽ മഴ ഇട്ടാത്തോണ്ടല്ല അവിടുന്ന് ദായ ചെയ്താൽ മഴ ഇട്ടും ഉറപ്പാണത് അവിടെ അംബാസിഡർ ദി അബ്വാഹു തന്നിനെ കൊണ്ട് ഇസ്തിസ്കാബ് ചെയ്യാനുള്ള കാരണം മഹാനാവുന്ന വിമർബുല ഹത്താബ് തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസൂല മനസ്സിലാക്കി കൊടുക്ക ഫാങ്ങൾ ആളുകൾ അവിടെ ഉള്ളതിനോട് കൂടെ തന്നെ വഫാത്തായ ഫാവിദിയങ്ങൾ ഉള്ളതിനോട് തന്നെ ഹയ്യായ മഫുദൂലിനെ കൊണ്ട് ഇസ്തിക ചെയ്യുന്നതിന് കുഴപ്പമില്ല കണ്ടോമാങ്ങൾ ഫാവിദിലാണ് അഫുദലാണ് തങ്ങൾക്കുള്ളതായ ആ പുണ്യമാവുന്ന റൗദ് അവിടെ ഉണ്ട് നബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ മഴ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്കിലും അവിടെ പ്രധാനപ്പെട്ടതായൊരു തങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കാണ് അവിടെ കണ്ട മഹാന്റെ ഖബർ അവിടെ ആ ഖബർ അവിടെ ഉള്ളതിനോട് കൂടെ തന്നെ മഫുദൂലാവുന്നതായ അബ്ബാസ് അത്ര ഫദു ഇല്ല അബ്ബാസ് അബ്ബാസ് വിനിക്കുണ്ടോ ആ മഫ്ബൂൽ ആവുന്ന അബ്ബാസിനെ കൊണ്ട് ചെയ്യുക അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് മനസ്സിലാക്കി തരുകയാണ് ആ ചെയ്യണത് അപ്പോ ഏതൊരു സംഗതിയും അതിൻ്റെ എന്നത് അതിന്റെ അടിസ്ഥാനം വളരെ വ്യക്തമായിട്ട് ബർക്കത്തെടുക്കാന്നുള്ളത് വളരെ പുണ്യമായി നമ്മളൊക്കെ ബർക്കത്ത് കണ്ണി കണ്ട എല്ലാ മുടിയോ എല്ലാ വടിയോ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ആരോ പറഞ്ഞ് ബോംബായിത് വാങ്ങിക്കൊടുന്ന് അവിടെ നിന്ന് ഒരു കുപ്പായും എന്നിട്ട് പിന്നെ എന്താ ഒരു വാലുണ്ടല്ലോ എന്ത് വാലയാണ് ഏഹ് ജാലി വാലേ എന്തോ ഒരു വാലിനെ പറഞ്ഞല്ലോ എന്താ ആ എന്തോ ഒരു കോലുണ്ട് അവിടെ അവൻ പറഞ്ഞല്ലോ എന്ത്ന്നറിയോ പിന്നെ ഏ കുത്തേഹ് ഉബ്ബ ലേക്കർ കയ അവി താപസിനെ ആ പട്ടിയൊരു കുപ്പായുടി വാങ്ങിക്കൊണ്ടിരിക്കണ വിടുന്നു അത് തേരെ മടക്കി തന്നിട്ടില്ല മനസ്സിലായോ അത് ആരെ പറ്റിയാ എനിക്കറിയില്ല നമ്മളെ ആളുകൾ ഒരു മുടി വാങ്ങാൻ പോയി കാരണം ഈ മുടി കള്ളമുടിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞമ്മളെ കുട്ടികളോടൊക്കെ പറഞ്ഞേലോ ഏ കുത്തേരെ മേരെ ജുബെന്ന് തന്നെ മൂപ്പറിബ്ബേനാണേക്കാർ റസൂൽദാന്റെ ജുബാന്ന് പറഞ്ഞു വിൽക്കിനുണ്ടാവും അതാണ് ആ ജാരിവാല പറഞ്ഞത് ശരി തന്നെയാണ് കാരണം മേരെ ജുബ ലേഖർ ഗയ എന്നുള്ള എന്റെ ജുബ വാങ്ങിക്കൊണ്ടു പോയിരുന്നു ആ മൂപ്പറി യുബേനാണേക്കാർ അത് വെട്ടിയിലാക്കിയിട്ട് റസൂൽദാന്റെ ജുബേ എന്ന് പറഞ്ഞ വിൽക്കനുണ്ടാവും ഇങ്ങനെ കണ്ണി കണ്ട എല്ലാ സ്ഥലത്തും പോയിട്ടും അവിടെ ഒക്കെ അതൊക്കെ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും ഇടോ കച്ചവടം ചെയ്തുകൂടെ ആർക്കും ഇവിടെ ബിസിനസ് കടത്തി കൂടെ എന്തെല്ലാം ഇങ്ങനത്തെ മഹാന്മാര ആസാറുകൾ ആസാറുകൾ എന്ന് പറഞ്ഞിട്ട് ആർക്കും എന്തും കൊടുന്ന് വെക്കാലോ മുടി മുടി കൊടുന്ന് ഇങ്ങനെ എത്ര മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ എത്ര മുടി ഉണ്ടെന്നറിയുമോ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി കൊണ്ടുപോയി കുഴിച്ചിടലാണത് ഞാൻ പറഞ്ഞു ചെയ്ത് ഞമ്മൾക്കൊക്കെ ഇപ്പം ഇത് നല്ല പണിയാണ് ഏതെങ്കിലും ഒരു മുടി എടുത്തുകാണ്ട് ഇവിടെ വെച്ചുകൊണ്ട് വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാരൊക്കെ ഒന്നായിട്ട് തിക്കും തിരക്കുമായിട്ട് വന്നോളൂന്ന് മുടി ഇപ്പം എല്ലാ വീട്ടിൽ നിന്ന് ഉള്ള മുടിയൊക്കെ കൊടുന്ന് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മുടി വെച്ചാൽ ഞമ്മളെ വിശ്വസിക്കണ കുറെ ഈശന്മാരുണ്ടോ അതൊക്കെ വിശ്വസിക്കും അങ്ങനെയായിരുന്നു ആ കാരണം പറയും കുറെ ദാരിമികളും മറ്റും ഒക്കെ ആവുന്നൊക്കെ ഒരുപാട് ഈശ്വന്മാൻ ഓല് യമാനികളൊക്കെ ആവുന്ന കുറെ ഈശ്വന്മാൻ പറയും ആ അത് താങ്കൾ സ്ഥാപനം ഏതായാലും ഇപ്പൊ ആ പൊള്ളൊന്നും അറിയില്ല മൂപ്പേർക്ക് റസൂദാന്റെ കിട്ടിയതിനെ എന്നാൽ ഓര് പത്താളുകളെ പിന്നീം കൊണ്ടുപോകും പിന്നീം പത്താളുകളെ കൊണ്ടുവരു അങ്ങനെ മുടിയൊക്കെ വരും മുടിക്കാളും വരും ഇതല്ല പക്ഷെ നമ്മക്കൊന്നും അങ്ങനത്തെ തട്ടിപ്പും തരികിടൊന്നും നമുക്കറിയാത്തോണ്ടല്ല നമ്മൾ അടിസ്ഥാനം വളരെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഏതൊരു സംഗീതം സംബന്ധിച്ചും നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല ദീന് ദീനിന്റെ റൂട്ടിൽ പോകണം മനസ്സിലായ സമസ്തകയുള്ള ജമീയത്തിലും എൻ്റെ സ്വഭാവതാ ദീനിന് ഒരു പ്രത്യേകം ആവുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലാണ് ദീൻ പോവേണ്ടത് ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നികൾക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് ഈ ആചാരങ്ങളൊക്കെ ഞമ്മളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുണ്ടല്ലോ എല്ലാത്തിനും കണ്ണടച്ചുകൊണ്ടിട്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒച്ചയും പൊളിയിട്ട് ആളുകളെ കാണിക്കാൻ നമ്മളിപ്പോൾ മൗലി തോന്നുന്നു ചെയ്യും ആ മൗലുതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയക്കാർ ഓതി അതേ സ്വഭാവത്തിലാണ് പഴയ മൊല്ലാമാരൊക്കെ ഓതി അതേ രൂപത്തിൽ ഇതൊന്നും ഇപ്പൊ പറ്റൂല എന്നാ പറയണത് അത് നമ്മൾ അംഗീകരിക്കൂല പഴയ മൊല്ലാമാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഔര്യാക്കന്മാരാണ് അവര് ചില്ലറക്കാരൊന്നല്ല ആ മൊല്ലാമാർ ഓതി അതേ രൂപത്തിൽ തന്നെ മൗലു അതൊന്നും മൗല്യുദല്ലപ്പോ ഇജാതി വർത്താവം നമ്മൾ പറയില്ല അത് അനുക്ഷ്ടുള്ള ഏത് രീതിയിൽ ഓതിക്കോടോ പഴയമക്കാർ ഓതി ആ രീതിയിൽ ഒരിക്കലും പറ്റൂല അതിനെ എതിർക്കാൻ പാടില്ല അത് വളരെ പരിശുദ്ധമായ ഒരു രീതിയാണത് അതിനെ എതിർക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങളതിന് സമ്മതിക്കുന്നതല്ല അതിനാണ് സമസ്ത കേരള ജമീയത്തുള്ള നിലകൊള്ളുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാർക്കുള്ള നമ്മൾ ആസാറുകൾ അല്ലെങ്കിൽ മഹാന്മാരോട് ബന്ധപ്പെട്ടതായ അവരോട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഏത് പുണ്യ സാധനങ്ങളും ബഹുമാനിക്കാത്തവരല്ല നമ്മൾ അതിനെ ബഹുമാനിക്കണം പഠിപ്പിച്ചു കൊടുത്തതായ മഹാന്മാരാവുന്ന മശായഖന്മാരാണ് നമുക്കുള്ളത് അവരെ എത്രമാത്രം ബഹുമാനിക്കണം അവര് പിന്നെ കാൽ ഓട്ടിലുള്ള മഹാന്മാർ മണ്ണുണ്ടല്ലോ ആ മണ്ണിനിക്ക് വരെ പുണ്യുണ്ടെന്നാ മഹാനാവുന്ന ഷെയ്ഖുനാ ശംഷൂലുമ്മയൊക്കെ കണ്ടിട്ടില്ലേ അവർ പിന്നെ പെരിങ്ങത്തൂരിൽ വന്നിട്ട് അവർക്ക് അവിടുന്ന് പള്ളീൻ്റെ ഉള്ളിൽ അവരോട് പറഞ്ഞു അവിടെ മമ്പറയിൽ കുറച്ചുനേരം അലിയുൽ കൂഫ്കിയായിട്ടും അവർ സംഭാഷണം നടത്തി പറഞ്ഞതെന്ന് പറയും ആ ആ ഉള്ള ആ പായൊക്കെ പൊന്തിക്ക് അവരിന്നോട് പറഞ്ഞത് ഇവിടെ ഒരു വിള്ളലുണ്ട് എന്നാ സിമെന്റിനു അവിടെയാണ് മൂപ്പർ ഇരുന്ന സ്ഥലം ഞാൻ അവിടെ ഒന്ന് മുത്തട്ടെ എന്ന് അങ്ങനെ ആ പായ് കൊന്തിച്ചു നോക്കുമ്പോൾ മൂപ്പർ പറഞ്ഞ മാതിരിക്ക സിമെന്റ് വിടർന്നിരിക്കണം മൂപ്പരവിടെ ബുദ്ധി ഇത് പഠിപ്പിച്ച് തന്ന മഹാന്റെ ഈശന്മാരും ഈശന്മാരും ഈശന്മാരും വേളി നമ്മൾ അവരിവിടെ കാണിച്ച് തന്നതായ മാർഗല്ലേ നമ്മൾ സ്വീകരിക്കണത് അപ്പം വറുക്കത്തെടുക്കുന്നതിൽ ഒരിക്കലും നമ്മൾ പിന്നോക്കല്ല പക്ഷെ വർക്കത്തെടുക്കാൻ പറ്റിയ സാധനം അത് വർക്കത്തെടുക്കാൻ പറ്റിയതാണെന്നുള്ളത് തെളിയണം അത് തെളിയിക്കപ്പെട്ടാൽ നമ്മളൊക്കെ ഉണ്ടാവും വെള്ളം കുടിക്കാൻ വടിയാണെങ്കിൽ വടി നമ്മളെ കൈ താലിന്റെ മേലെ വെച്ച് തടകാന് കുപ്പായാണെങ്കിൽ ആ കുപ്പായം പിടിച്ച് മുത്താനും ആ ഇട്ട വെള്ളം കുടിക്കാനൊക്കെ നമ്മളുണ്ടാവും അപ്പൊ ബർക്കത്തെടുക്കേണ്ടത് എപ്പോഴും നമ്മളെന്താക്കണം അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടേ ബർക്കത്തെടുക്കാൻ പറലും ആരും വഞ്ചിതരാവാൻ പാടില്ല പിന്നെ ഒരുപാട് നമ്മളെ വിഷയങ്ങൾ ഒരുപാടുണ്ട് എല്ലപ്പോൾ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുകൂടി ഒരു സുദീർഘമായിട്ട് പിന്നെ പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ നാൽപ്പത് മിനിറ്റാണ് അപ്പം എന്നെ പോലത്തെക്കൊക്കെ നാൽപ്പത് മിനിറ്റ് മതിയും കാരണം എന്തുകൊണ്ട് വേഗം ഇവിടുന്ന് പറഞ്ഞു ഒഴിവാകാന്നുള്ളതായ ഒരു സന്തോഷമുണ്ടാകും അധികം പ്രസംഗിക്കാൻ കഴിയാത്തവർക്ക് അപ്പം ഞാൻ പിന്നെ പൊതുവെന്താണ് ഈ വെല്ലടി കേൾക്കുന്നതിന് മുമ്പ് നിർത്തണം ഒരു അഭിപ്രായക്കാരനാണ് കാരണം വെല്ലടി കേൾക്കുമ്പോൾ ആർക്കും ഒരു ഇതുണ്ടാവും ഒരു ഞാൻ ഇന്നൊന്ന് നിയന്ത്രിച്ചെന്ന് വരുമല്ലോ അപ്പോൾ വെല്ലടി കേൾക്കണീന് മുമ്പ് നമ്മക്ക് നിർത്തും വേണം അതോടുകൂടി പ്രധാനപ്പെട്ട ഒരു രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് മഹാനാവുന്ന എം ടി ഒക്കെ നിർദ്ദേശിച്ചു പോലെ ഇന്നതൊക്കെ പറയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയവിടെ പല ആളുകളും പഴപ്പോഴും ചോദിക്കലുണ്ട് നമ്മൾ സുന്നികളാവുന്ന ഖബർ സിയാറത്തിനെ സംബന്ധിച്ചിപ്പോൾ നമ്മളുടെ ഇടയിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ഖബർ സിയാറത്ത് വേണ്ടത് തന്നെയാണ് അത് വ്യക്തമായ ഹദീസുകൾ കൊണ്ട് കുന്താറത്തിൽ ഈ ഹദീസ് കൊണ്ട് വളരെ വ്യക്തമായ നൽകി സ്ഥിരപ്പെട്ട സംഗതിയാണ് ഖബർ സിയാറത്ത് എന്നുള്ളത് പക്ഷേ ഫൈന തുദക്കിറുൽ ആഹിറ എന്ന് പറയുമ്പോൾ ഈ പിന്നെ കുർക്കന് ആമ മാരിക്ക് പിന്നെ മുജാഹിദീങ്ങളും കബറ് സിയാറത്തി ഇങ്ങനെയുണ്ട് പക്ഷെ അവരെന്താക്കാൻ തന്നെ കയ്യും കെട്ടിങ്ങനെ നിൽക്കണോ ഇതാണ് അതെന്താ ചെയ്യണമെന്ന് അറിയാതെ അവിടെ ചെന്നിട്ട് ആ സിയാറത്ത് ഫൈൻ ആ തുതക്കീറുള്ള ആഹ്റുന്ന് പറഞ്ഞാൽ സിയാറത്ത് ആഹ്റത്തിൻ്റെ തുതക്കീറിന് അത് തീർക്കും പക്ഷെ സിയാറത്ത് എന്ന് പറഞ്ഞത് എന്താ വേറെയാണ് അപ്പം അവിടെ ഇങ്ങനെ ചെന്നുകൊണ്ട് ഏത് സി ഇമാം ജർഖി പറഞ്ഞതുപോലെ സിയാറത്ത് ഒരു മൂന്നു നാലഞ്ച് ഐറ്റത്തിലുണ്ട് അയിൽ നിന്നുള്ള ഒരു ഐറ്റാണ് ഏത് എന്ന് പറഞ്ഞത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സിയാർത്ത് ഈണ സിയാർത്ത് ആ സിയാർത്ത്ന്തിനു വേണ്ടി അവരെ മതത് ഞമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ സഹായങ്ങളും അവരെ മതതുകളൊക്കെ അവരെ തപസ്സു ചെയ്തുകൊണ്ടിട്ടോ അല്ലെങ്കിൽ അവരോട് ഇഷ്ടിഹാസാന്ന് പറഞ്ഞാല് അങ്ങനെ ഇഷ്ടിഹാസ അതൊരു പിന്നെ ഒരു നേരെ അവരോട് പറഞ്ഞത് കൊണ്ട് അത് കുഴപ്പമാണെന്നുള്ളത് വിശ്വസിക്കുന്നവരല്ല നമ്മൾ ഇപ്പോൾ മഹാമോഹിനീഷിയെ കാക്കണം ഞാനിപ്പോൾ അതിൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അടക്കല്ല ഉദാഹരണമായിട്ട് മറ്റൊരു ഉദാഹരണം പറയാം വഹാനാവുന്നതായ സെൽമത്ത് ബിനില്ലാക്ക് വാടി തങ്ങള് ഒരു യുദ്ധത്തിൽ മൂപ്പരിങ്ങനെ പാട്ട് പാടിയപ്പോൾ റസൂർ ചോദിച്ചു ആരാണോട്ടോ ആ പാട്ട് പാടുന്നത് അപ്പൊ സഹാബത്ത് പറഞ്ഞു അത് സെൽമത്ത് ബുനുലക്കുവാ ആണ് ഇമാം മുഹാരി വായത്തീത ഹരീത്താണ് ആ സെൽമത്ത് ബുനുലക്കുവാ ആണോ പാടുന്നത് പറഞ്ഞു വജബത്ത് വജബത്ത് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വജബത്തിലെ ഉഷാദ അവൻ ഷഹീദായികൊണ്ട് മരിക്കും ഈ യുദ്ധത്തിൽ അതിലെബിക്ക് വരാൻ പോണ കാര്യങ്ങൾ അമ്പിയാക്കന്മാർക്ക് പറയാൻ കഴിയും അള്ളാഹുന്റെ ഔലിയാക്കന്മാർക്ക് പറയാൻ കഴിയും അതെങ്ങനെ പറയാൻ നല്ല മാത്രമല്ലേ അറിയുള്ളൂന്ന് അള്ള അറിയണതോ അംബിയാക്കന്മാരറിയണോ വ്യത്യാസം ഉണ്ടോ അവിടെയാണ് വ്യത്യാസം എല്ലാം അറിഞ്ഞിട്ട് അതാവൂല ലോകത്ത് വരാൻ പോകുന്ന സർവ്വസംഗതികളും മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അറിയാം പക്ഷെ അവരറിയണത് അവരുപയോഗപ്പെടുത്തുന്നതായ ഒരു മാധ്യമമുണ്ട് ആ മാധ്യമം ഉപയോഗിച്ചാണ് അവർ മനസ്സിലാക്കുന്നത് ഒരു ശാസ്ത്രജ്ഞൻ അവൻ്റെ ശാസ്ത്രീയമാവുന്നതായ അറിവ് ഉപയോഗിച്ച് അവൻ ചിലതിനെപ്പറ്റിയൊക്കെ പ്രവചിക്കുന്നുണ്ടല്ലോ അത് തെറ്റു ആവാ ശരിയാവാ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാകും അള്ള്വാഹുവിൻ്റെ ഔലിയാകുക അവർ പ്രവചിക്കും അവർ കഴിഞ്ഞ സംഭവങ്ങൾ പറയും അതെങ്ങനെ അവരും ചില പ്രത്യേകമാവുന്നതായ വസാഹിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ആ വസാഹിത്ത് എന്ന് പറഞ്ഞത് അത് ഇലാഹിയായ വസാഹിത്തുകളാണ് അതിനുവര് കാലത്തും പിഴവ് സംഭവിക്കൂല ഇതാണ് വ്യത്യാസം ഒരു കാലത്തും പിഴവ് സംഭവിക്കൂല അതാണ് അസുഖ അലി വസ്ലമ തങ്ങള് പല അള്ളാഹുൻ്റെ ഓല് പലരും പറഞ്ഞില്ലേ വരാൻ പോണ പല സംഗതികളെ പറ്റിയും പലരും പറഞ്ഞു അവരൊക്കെ പറഞ്ഞതൊന്നും യാതൊരു നിലക്കുള്ള പിഴവില്ലാതെ നടന്നല്ലോ എന്താ കാരണം അവർ പറയണതും ചില വസാഹിത്തുകൾ ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് അറിയണതോ അത് മനസ്സിലാക്കണോ അങ്ങനത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഇതാണ് വ്യത്യാസം അല്ലാതെ ലോകത്തുള്ളത് എല്ലാവരാളും അറിയുമെന്ന് പറഞ്ഞാൽ അവൻ അതേ ആവുമെന്നുള്ളൊരു വേചാറൊക്കെ ഉണ്ടല്ലോ അതൊന്നും വേചാറാവേണ്ട അപ്പം അബ്വാഹു അറിയണതും അവരറിയണതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആ വിഷയം ഞാൻ ഈ അവസരത്തിൽ ചർച്ച ചെയ്യില്ല അതിലേക്ക് അടക്കുമല്ലോ അതൊരു വലിയ വിഷയമാണ് അപ്പം ഞാൻ പറയേണ്ട വിഷയം അതല്ലാത്ത കൊണ്ടിട്ട് അപ്പൊ നബിസുല്ലാ വസ്ലമാ തങ്ങള് പിന്നെ സൽമ ഞാൻ ഇപ്പൊ ഇസ്തിഹാസിനെ പറ്റിയ എന്തോ ഒരു ചെറിയ നിലക്കൊരു വിഷയം മാത്രം പറയുകയാണ് നബിസുലു അലി വസ്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു ഓജബത്ത് ഷഹാദത്ത് അവനു നിർബന്ധമായി തീർന്നു അവൻ ഷഹീദായിട്ട് ഈ യുദ്ധത്തിൽ മരിക്കും എന്ന് പറഞ്ഞു സൽമത് പുനല്ലേഖഹീദായി മരിക്കും എന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിന് മനസ്സിലായി സഹാബത്ത് അവിടെ നെബിനോട് ഒരുമാം ബുഖാരി അല്ലേ എന്താ സഹാബത്ത് ചോദിച്ചതെന്ന് അറിയുമോ നെബിനോട് കണ്ടോ നബിനോട് നേരിട്ട് പറയാണ് എന്താ നബിയെ തങ്ങൾ ഈ സെൽമത്തിന്റെ ആയുസ്സിനൊന്ന് നീട്ടി തരാൻ വേണ്ടി നബിക്ക് ശ്രമിച്ചു എന്ന് നബിനോട് നേരിട്ടുള്ള ഇഷ്ട ചോദിക്കുന്നുണ്ടല്ലോ അങ്ങനെ സഹാബത്ത് ഇസ്തികാഥ ചെയ്തിട്ടുണ്ടോ എന്ന് മൗലവിസാഹി അവര് ഇസ്തി ചെയ്തിട്ടുണ്ട് നബിനോട് ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി ഹരീസാണ് ശരിക്കെ തങ്ങൾക്ക് എന്താ ഈ സൽമത്തിന്റെ ആയുസ്സിനെ ഒന്ന് ദീർഘിപ്പിച്ചു തരല് കൊണ്ട് ഞങ്ങളൊന്ന് സുഖിപ്പിച്ചുകൂടെ നെബിയെന്താ ചോദിച്ചത് നബിന്റെ ഹക്കുകൊണ്ടിട്ട് അള്ളാഹു സുബാനുഹൂത്താലേ നീ ദീർഘിപ്പിച്ചുകൊണ്ടാന്നല്ല അപ്പൊ അതൊക്കെ വലിയ വിഷയമാണ് അതിനോട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടാവുക ഒക്കെ നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമുള്ള സമയത്ത് മറുപടി പറയും ഞാൻ ആ വിഷയമല്ലാത്തോണ്ട് ഞാൻ അപ്പ എന്താ പറഞ്ഞു കൊണ്ടിരുന്നെന്ന് ചോദിച്ചാൽ മഹാന്മാർക്കുള്ള ഹലറത്തിൽ ചെന്ന് അവരോടുള്ള സിയാർത്ത് ഇമാം സർക്കഷി പറഞ്ഞതുപോലെ അത് അഞ്ച് വൈറ്റൈറ്റും ഒപ്പര് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് അവരിൽ നിന്നുള്ള മതതി നമ്മൾക്ക് കിട്ടുകയാണ് അതിന് വേണ്ടി ഉണ്ടാവും സിയാർത്ത് അപ്പോഴുണ്ടാവും ഫൈൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ ചങ്ങാതിമാരോട് ഹയാത്ത് കാലത്ത് അവരെ സന്ദർശിക്കുന്നത് അവരെ മരണശേഷം നമ്മൾ അവരെ സിയാർത്ത് ചെയ്യാൻ ചെയ്യും അതൊരു തവാസുരു തവാദുദ് അതിൻ്റെയൊക്കെ പുതുക്കലാണ് അതിനുവേണ്ടിയും സിയാറത്ത് ഉണ്ടാവും അപ്പോഴും ഫൈനഹ തുതക്കിയുള്ള ആഹ്റ ആഹത്തിനെ ഓർമ്മിക്കലുണ്ടാവും ഉമ്മുവാപ്പാമാരെ സിയാർത്ത് ചെയ്യും അത് അവരോടുള്ള ഹെക്കൂക്കുകൾ ഉസ്താമാരെ സിയാർത്ത് ചെയ്യും അത് അവരോടുള്ള ഹെക്കൂക്കുകൾ അങ്ങനെ ഈ സിയാറത്തിന് അഞ്ച് വകുപ്പായിട്ട് അവർ രേഖ പിന്നെ ഇമാം സർക്കസി തങ്ങൾ വിഭജിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഫ ഇന്നഹാ തുതക്കുള്ള ആഹ്റ ആഹ്രത്തിനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് എല്ലായിടത്തും ഉണ്ട് അപ്പം ഇവർ പറയണതെന്താ ആ സിയാർത്ത് എന്ന് പറഞ്ഞാൽ ആ അവിടെ ചെന്ന് ഫാത്തിയ വാദാൻ പാടില്ല അവിടുന്ന് ദയാ ചെയ്യാൻ പാടില്ല അവിടുന്ന് എന്തു ചെയ്യാൻ പാടില്ല അവിടുന്ന് പിന്നെ അവരെ കൊണ്ട് തപസ്വിനിയൊരു വായിക്കാൻ പാടില്ല പിന്നെ ഇഷ്ടം ഏതായാലും പാടില്ല ഇവ അവിടെ ചെന്ന് ഇങ്ങനെന്താക്കണം കയ്യും പിന്നെ പിന്നെ ഇങ്ങനെ താത്തി വെച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് വേറെന്തോ സാധനമൊക്കെ പൊത്തി വെച്ച് ഇങ്ങനെ ബേപ്പെട്ട് നോക്കി നിൽക്കണം അല്ലെങ്കിൽ കീപ്പെട്ട് നോക്കി നിൽക്കണം ഇതാണ് അവരെ സിയാർത്ത് നമ്മളെ സിയാർത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല ഇപ്പോൾ ഈ മുജാഹിദ്ദീനങ്ങളെ വലിയ നേതാവ് കെ മൗലവി മൂപ്പർ സിയാർത്ത് ഇലേണ്ടിയിരുന്നു എവിടെ സിയാർത്ത് ആദ്യം മൂപ്പരാദ്യം സുഞ്ഞന്യരുന്ന് മുപ്പരൽവിലായ തൂൽ കറാമൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും മൂപ്പര് ഇമാം പിന്നെ ഹുഷൈലിൻ്റെ റിസാലിയിലൊക്കെ ഉള്ള ഒരുപാട് ഉദ്ധരണികൾ ഉദ്ധരിച്ചു കൊണ്ടിട്ട് ഇപ്പത്തെ മുജാഹിദീങ്ങൾ പറഞ്ഞോളന്നല്ല പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മൂപ്പർ മമ്പറും സിയാർത്തിന് വരലുണ്ടേന്നാ മമ്പറും സിയാർത്തിന് വന്നാൽ മൂപ്പർ ഉള്ളിൽ കയറില്ല എന്നറിഞ്ഞു അത് നല്ലതാണ് മുജാഹിദ് അയിൻ്റെ ആവശ്യം ഉള്ളിൽ കയറാൻ പറ്റിയ സാധനമല്ല അത് അതുകൊണ്ടാണത് പേടിച്ചിട്ടാണ് അയാൾക്കും അറിയാം തങ്ങൾക്കുള്ളതായ ആ കറാമത്വം തങ്ങളാരെന്നൊക്കെ മനസ്സിലായിക്കണം അപ്പൊ മുജാഹിദ് ആയതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയാൽ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള പേടി ഉണ്ടാവും മരിച്ചിട്ടുണ്ടർക്കും പേടി ഉണ്ടാവുമല്ലോ അപ്പൊ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി ഈ കറം മൂപ്പര് അതിന് പറയൽ എന്താന്ന് ചോദിച്ചാൽ ഹയാത്ത് കാലത്ത് ബഹുമാനിച്ചത് പോലെ പിന്നെ സമയം ആയില്ല അല്ലേ പിന്നെ വഫാത്ത് കാലത്തും വഫാത്തിൻ്റെ യേശും അതേമാതിരിക്ക് എന്താക്കണം ബഹുമാനിക്കണം എന്നുള്ളത് നൽകാൻ മൂപ്പൻ അവിടെ നിൽക്കുക മൂപ്പരവിടെ കുറച്ചേരം നിന്ന് പോരും എന്ന് പറഞ്ഞേതാവട്ടെ അപ്പൊ സിയാർത്ത് മൊത്തത്തിൽ അവർ അംഗീകരിക്കണെങ്കിലും നമ്മൾ ചെയ്യണ ഈ രൂപത്തിൽ അൽഫാത്തിയെ പറഞ്ഞുകൊണ്ടുള്ളൊരു ജിയാർത്ത് ഇത് റസൂല ചെയ്തിട്ടുണ്ടോന്നാണ് വലിയ സംശയം അത് ചെയ്താൽ മാത്രം പോരാ അത് ബുഖാരിയിലുണ്ടോ എന്നുള്ളതാണ് കാരണം ബുഖാരികള് മാത്രമല്ലടോ ദീന് ഇമാം ബുഖാരി തങ്ങൾക്ക് ബുഖാരിയിൽ കൊണ്ടുവരാൻ കുറെ ശ്രൂത്തുകളുണ്ട് അതനുസരിച്ച് മൂപ്പര് ബുഖാരിൽ അദീസിനെ കൊണ്ടുവരുകയുള്ളൂ മൂപ്പര് കൊണ്ടുവരാത്ത അതീസൊന്നും സഹി അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഇമാംബുഖാരി തങ്ങൾ തന്നെ എത്ര ഹദീസുകൾ സഹി ആദീസുകൾ മൂപ്പര് ബുഖാരിൽ കൊണ്ടുവന്നിട്ടില്ല പല ബാബുകളും കണ്ടില്ല ബാബു ഇട്ട് ആ ബാബിനോട് ഒരു ഹദീസ് വളരെ ദക്കീക്കത്തായ മുനാസബത്തുകളാണ് ഈ കാരണം പല ഹദീസുകളും പരിശോധിച്ച് നോക്കിയാൽ ചില അതീതുകൾ നമ്മൾക്ക് വായിറായി മനസ്സിലാവുന്ന ചില അതീതുകളൊക്കെ ഇവർക്ക് ഇവിടെ കൊണ്ടുവന്നിട എന്നൊക്കെ ഒരു സംശയം നമുക്ക് തോന്നും അത് മൂപ്പര ഷർത്ത് പ്രകാരം ഒക്കാത്തുകൊണ്ട് ഇമാംബുഖാരി തങ്ങൾ കൊണ്ടുവന്നില്ല അപ്പൊ ഇവര് മുജാഹിദീങ്ങൾക്ക് ഞമ്മളെ വെച്ചിലെ മൗര്യന്മാർക്കുള്ള അംശയം അങ്ങനെ ഇതേ നിലക്കു നബി അൽഫാത്തിയെ പറഞ്ഞ് റസൂല തീയാർത്ത് എഴുതിക്കണോ ഉണ്ട് ഇമാം മുഖാരി വായത്തി അദീസാണ് എന്നാ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെന്താ ഹദീസ് എന്ന് അറിയുമോ നബിസുല വലി വസ്ലമാ തങ്ങൾ ഒഴുതു ഷുവാദാ ഇൻ്റെ അടുത്ത് എല്ലാ കൊല്ലം പോകുന്ന ഒരു വർത്തമാനമുണ്ട് എല്ലാ കൊല്ലും നബി പോകാനുണ്ട് കൊല്ലം തേകുമ്പോൾ നബി പോകാനുണ്ട് ഉറൂസിന് വേണ്ടിയിട്ട് ഓരോ കൊല്ലത്തിലും നബി പോവും താരിക്കഹു അബൂബക്കർമർ ഒഴുസുമാണെന്നൊക്കെ പറഞ്ഞില്ല അവരൊക്കെ അങ്ങനെ ചെയ്തു അതല്ല ഈ വർത്താനം ഇത് നബിസ്വലു വലി വസലമാ തങ്ങൾ ഒഴിത് ഷുവാദാനെ എട്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം നബിനെ ദീൻ പഠിപ്പിച്ചാൻ വേണ്ടി പറഞ്ഞയച്ചതാണല്ലോ ദീൻ പഠിപ്പിച്ചാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ എന്നും ഇന്ത്യയെ പോയി എന്നല്ല എന്നെ ബിസ്വലവലി വസ്ലമ തങ്ങൾ അതിൻ്റെ മർമ്മം നോക്കി ചെയ്ത് ഓരോ സംഗതികൾ പറഞ്ഞ് കാണിച്ച് മനസ്സിലാക്കി തരും ഇത് മനസ്സിലാക്കാനാണ് സഹാബത്ത് വയ്യാലെ ഒന്നും വിട്ടുപോകാൻ പാടിഞ്ഞടോ അന്നലേക്ക് മനസ്സിലാക്കണം അതിനാണ് സഹാബത്ത് വയ്യാലെ ഈ സംഭവമാണ് ഇമാം ബുഹായി തങ്ങൾ യുവായത്ത് ചെയ്യണത് പല സ്ഥലത്തും ഇമാം ബുഖായി തങ്ങൾ ഈ ഹദീസിനെ യുവായത്ത് ചെയ്തിട്ടുണ്ട് പല ഈ ബുഹായിൽ തന്നെ പല ആവർത്തി മൂപ്പര് കൊടുത്തൊരു ഹദീസാണ് ഇപ്പം മുസ്ലിം തങ്ങൾ ഈ ആദീസന്റെ എന്താ ഹറജയോമൻ ഒഹിദുഷ്വാദാഹിനെ മറവ് ചെയ്യപ്പെട്ട് പത്ത് കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം നബി പുറപ്പെട്ട സംഭവത്തിനെ പറ്റിയാണ് പറയണത് ഹറജയോമൻ ഒരു ദിവസം നബിദിവസമാണ് മാ തങ്ങള് ഉഹിദ് ഷാ മറവ് ചെയ്യപ്പെട്ടതായ ആ മക്ബറയിലേക്ക് നബി പുറപ്പെട്ടു പോകുന്നു എന്നിട്ട് ഫസ അല അഹ് അലൽ മയ്യത്തി അവിടുന്ന് നബിസ് വസ്ലമാകാരം പോലാത്തൊരു നിൽക്കാരവിടുന്ന് നിൽക്കേരിച്ചു എന്നാണ് ഇപ്പൊ ഈ വാക്കിന്റെ നേരർത്ഥം അപ്പൊ അവിടെ പോയിട്ട് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബിസുല്ലാ വസ്ലമാ തങ്ങൾ അവിടെ പോയിട്ട് മയ്യത്തിസ്കാരം നിൽക്കേരിച്ചു എന്നിട്ട് പറഞ്ഞിട്ട് നബിസ് വസ്ലമാ തങ്ങൾ പല സംഗതികളും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് മുന്നിലുണ്ടാവും ുംയാമ നാള് വരെയുള്ള എൻ്റെ സർവ്വ ഉമ്മത്തിന്റെയും സർവ്വ അമലുകളും ഞാൻ വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് അലൈക്കും അവിടെ ഞാൻ സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടാവും സാക്ഷി പറയണമെങ്കിൽ കാണണല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നികളായ ഭൂലോകത്ത് മറഞ്ഞുകെടുക്കണ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളെ മുഴുവനും മനസ്സിലാക്കൽ എനിക്കുള്ളതായ അതിന്റെ പ്രത്യേകമാവുന്ന വസായുത്തിന് എനിക്ക് നൽകപ്പെട്ടു പോകുന്നു അതാ ഭൂമിൻ്റെ ഖജനാവിനെ മാത്രമല്ല ഒരു ഖജനാവിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെച്ച് ഇതിനോട് തസ്ബീ എന്നിട്ട് എന്ത് പറഞ്ഞു മറിഞ്ഞു നിൽക്കണ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളെ മുഴുവനും മനസ്സിലാക്കലിനിക്കുള്ള അതിൻ്റെ മഫാത്തീഹികളെ ഞങ്ങൾക്ക് നൽകപ്പെട്ടു ആവശ്യമുണ്ടാവുമ്പോൾ തുറന്നു നോക്കി മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ വേറെ വിഷയം അങ്ങനെ ആ ഹദീസില് ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാന്മാരാകുന്നതായ മൊഹദീസുകളും അതിൻ്റെ എല്ലാം പുറമെ മഹാനാവുന്ന ഇമാം നവീതങ്ങള് അവർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു സൊല്ലീൻലാ ഹംസത്ത എന്നൊക്കെ പറയുന്ന ഹദീസ് ഉണ്ട് ഈ ഹദീസിനെ പറ്റി واما حديث عقبه فاجاب اصحابنا وغيرهم <تصفيق> امام عقبه روايه பண்ணിയിણે ഈ ഹദീസ് ഈ ഹദീസിനെ നമ്മളെ ഷാഫിയത്തിന്റെ اصحابും وغيرും അല്ലാത്തവരും എല്ലാവർക്കും ഈ ഹദീസിനെ തെവി ലീയിേണ്ടിയോന്ന് എന്ദുകൊണ്ടാണ് ഈ ഹദീസിനെ അബൂഹനീഫ ഇമാം ശുഅദാഇന്റെ പേരിൽ നിഷേധിക്കാനാണ് നമ്മളെ ഏത് ശുഅദാഇന്റെ പേരിൽ നിഷേധിക്കാൻ ഇല്ല ഏതായാലും അപ്പോൾ വ സല്ല സലാത്തുഹു അലൽ ജനാസത്തി എന്ന് പറഞ്ഞ ജനാദസ്കാരം എന്ന് അർത്ഥമവക്ക നമ്മക്ക് പറ്റില്ല മിനിക്ക് ആ അർത്ഥം വെച്ചൂടെ മൂപ്പർക്കും പറ്റൂല മൂപ്പറെ എടുത്ത് നിസ്കരിക്കാൻ ഈ മൂന്ന് ദിവസം വരെ അവധിയുള്ളൂ ഒരു ഖബർ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കേരിക്കാൻ പറ്റൂല എട്ട് വർഷം കഴിഞ്ഞിന്റെ അപ്പൊ അബു അലിഫിമാനെ തേവിരിക്കേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിസ്വലുഅലി വസ്ലമ തങ്ങൾ നിസ്കരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം നബിസ്വലുഅലി വസ്ലമ തങ്ങൾ ചെയ്തു എന്നാണ് അലൽ ജനാദത്തി എന്ന് പറഞ്ഞാൽ ജനാദ നിസ്കാരം പോലോത്തതായ ഒരു നിസ്കാരം നിസ്കരിച്ചു എന്നല്ല ജനാദ നിസ്കാരത്തിലുണ്ടായ ഒരു വസലമ്മ തങ്ങൾ ചെയ്തു ഈ ജനാദ നിസ്കാരത്തിലുള്ള ദ്വായ പോലെ ദ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ജനാദ നിസ്കാരത്തിലുള്ളത് പോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അർത്ഥമുണ്ട് അപ്പൊ എന്നിട്ട് വാഹനാവുന്നതായുഹാ പിന്നെ ഇമാം പിന്നെ തങ്ങൾ തന്നെ പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം ആയിരുന്നു എന്താ ഈ മയ്യത്തിസ്കാരത്തിലുള്ള അർത്ഥം അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ദ്വാ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ ഖബറുകൾ ചെന്ന് അൽഫാത്യഹ പറഞ്ഞുകൊണ്ട് ദ്വാരക്കണ ദ്വെന്നുടും അതിൻ്റെ അർത്ഥം മൈതസ്കാരത്തിലുള്ള ദ്വങ്ങനെയല്ലേ മൈദിസ്കാരത്തിൽ എങ്ങനെ ദ്വാ ആദ്യത്തെ തൃഗ്ബീറിൻ്റെ ദേശം എന്താ സംഭവിക്കണത് ഫാത്യവോധൻ ആദ്യത്തെ തൃഗ്ബീറിൻ്റെ വേഷം ഫാത്യവോതിയാൽ രണ്ടാമത് തൃഗ്ബീറിൻ്റെ ദേശം എന്തെയ്യണത് ആദ്യം തന്നെ അള്ളാഹു മദ്അല സൈന മുഹമ്മദ് എല്ലാ വേണ്ടത് ആ അള്ളാഹ്മല സീദിനിന്റെ മുമ്പ് മഹാനാവുന്ന ഇബിൻ ഹജർ തങ്ങൾ തുറഫിൽ രേഖപ്പെടുത്തുന്ന പറഞ്ഞിട്ടാണ് അള്ളാഹുല മുഹമ്മദ് എന്ന് പറയേണ്ടത് അപ്പൊ എന്താണ് അൽഹദുഹിറബില്ലാലി സീദിനാ മുഹമ്മദ് അലി സീദ മുഹമ്മദ് എന്ന് പറഞ്ഞ സൊലാത്ത് അൽഹം ദ്വ നമ്മൾ സാധാരണ നമ്മൾ ദ്വ ചെയ്യണതുപോലെ ഹംദ് പറഞ്ഞ് പിന്നെ സൊലാത്തും പറയാം ആ സൊലാത്ത് പറഞ്ഞിട്ട് മൂന്നാമത്തേക്കിടെയുള്ള മയ്യത്തിന് വേണ്ടി ദ്വർക്കണേ മറ്റുള്ള മോമിനിയങ്ങൾക്ക് വേണ്ടി വായിരിക്കണേ ഇതന്നെല്ലോടോ ഖബറിംഗ് നീങ്ങണത് ഖബറിങ് ചെന്ന അൽ ഫാത്യ പറഞ്ഞ ആദ്യം ഫാത്തിയ ഓതന്നെ പിന്നെ ഫാത്തിയൻ്റെ കൂടം തന്നെ കോതി അത് ഖബറിങ്ങിൽ നിന്ന് ഓതാൻ വേണ്ടി മുസ്ലമാ തങ്ങൾക്ക് കല്പിച്ച സംഗതികളാണത് അതുകൊണ്ടാണ് ഓദ്യത് യാസീൻ ഓതന്നു ചില ആളുകൾ അപ്പോൾ മയ്യത്ത് സ്കാലത്തിലുള്ള ദുഅ പോലാത്ത ദുഅ നബി ദ്വായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യമായിട്ട് കുർആാൻ എന്നുള്ളതായ ചില സൂറത്തുകളൊക്കെ നബി ഓതി അത് ഓദിന്റെ ശേഷം നബിസ്വലുവലി വസൽമാങ്ങള് നമ്മള് കബറങ്ങൾ ചെന്ന് ദുരക്കുന്നത് പോലെ അലഹമുല്ലാഹിറബിള്ളീൻ അള്ളാഹു മസാല സൈദ്ദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ദുഅ ചെയ്തു അപ്പൊ നമ്മൾ സുന്നികളാവുന്ന നമ്മൾ ചെയ്യണ ആചാരങ്ങളിൽ പെട്ട ഒരാചാരമാണ് തബറുകൾ ചെന്ന് സിയാർത്ത് ചെയ്യുക ആ സിയാർത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന് പ്രത്യേകമാവുന്ന രൂപണ്ട് ആ രൂപം എന്താ നമ്മൾ ഓതുമൊക്കെ എടുത്ത് അവിടെ ചെന്ന് അൽഫാത്തിഹ പറയും അപ്പൊ നബിസുലാഹു അല്ലി വസ്ലമാ തങ്ങൾ അങ്ങനെ നബിന്റെ കാലഘട്ടത്തിൽ നബിസുലഹ് അലി വസ്ലമാ തങ്ങൾ ആരെങ്കിലും സിയാർത്ത് ചെയ്തിട്ടല്ലോ സിയാർത്തി ചെയ്ത് കാണിച്ചു കൊടുത്തു അതിന് പ്രത്യേക കാര്യമുണ്ട് എല്ലാവരും നബി സിയാർത്തി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ അവിടുത്തെ ദ്വാന്റെ സംഭവം സിയാർത്തിന്റെ രൂപനിബി അവിടെ നിന്നാണ് കാണിച്ചത് അതെന്താ കാരണം ശ്വാതാവിൻ്റെ മേൽ മയ്യത്തിക്കരിക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞു വേണ്ട നിങ്ങളെ ദ്വാ ഒന്നും ഒലിക്ക് വേണ്ട അമ്പിയാക്കന്മാരെ മരിക്കല്ല അമ്പിയാക്കന്മാരെ പറ്റി എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു മോശമായ വിശ്വാസം ഒരാൾക്കുണ്ടാവാൻ പാടുള്ളതല്ല അവർ നുഭുവത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ അവർ സൂമിയങ്ങളാണ് അങ്ങനെയുള്ള ശ്വാതാക്കന്മാർ ഇന്നലെ വരെ ഇവിടെ കള്ളുടിച്ച് അൾക്കുന്ന ഒരു മൂമിനാണ് നേരം പൊളുക്കുമ്പോഴോ അപ്പോളും പള്ളാർച്ചും പോയി അപ്പോഴാണ് യുദ്ധം ഒരു ശര ഇരു എന്ന് പറയാൻ പറ്റണ ഒരു യുദ്ധം നടക്കണത് അയി പോയി ഓൻ ഷഹീദ്യിക്കുകയാണെങ്കിലോ ഓനും ഈ ശ്വാതാക്കന്മാരെ ഈ പറഞ്ഞ പദവിയൊക്കെ ഓനക്കുണ്ട് അപ്പം അവൻ്റെ മേലിലും നിക്കരിക്കണം എന്ന് പറയുമ്പോൾ ഞമ്മക്ക് തോന്നും എത്ര വലിയ ശഹീദായിട്ടും കാര്യമൊന്നുമില്ല നമ്മളെ നിക്കാരവും ആവശ്യമാണ് അതിനാണ് പറഞ്ഞത് നിക്കാരം ആണ്ടോടോങ്ങളെ നിക്കാരം സ്വാതാവിനക്ക് അങ്ങനത്തെ ഒരു പോരായ്മയൊന്നുമില്ല അപ്പൊ നിൽക്കാരം ഇവിടെയാണ് തെറ്റല് അപ്പോൾ ഏതായാലും പിന്നെ ആ ഞാൻ നിർത്തുകയാണ് നമ്മൾ അതിന് പരിക്കണം നമ്മളൊക്കെ ഇതിൻ്റെ സംഘാടകരാണുള്ളൂ അപ്പോൾ നമ്മളിത് നിർത്തണം നമ്മളതിൽ വളരെ കർശനമാണെന്ന് പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ പിന്നെ നബിസുല്ലാ അല്ലി വസ്ലമ തങ്ങള് അവിടെ പോയി ദ്വായിരുന്നത് ആ സ്വഭാവത്തിലുള്ള ത്വായാണ് ഈ അദീസിനിക്ക് അങ്ങനെ തന്നെ അർത്ഥം വെക്കും വേണം എന്ത് അത് മഹാനാവുന്ന ഈ മാം ഈ തങ്ങളെ ഷറോയ്ൽ മുഹദ്ബിന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്തിയതാണ് എല്ലാ ആളുകൾക്കും അയ്മത്തുൽ അറുബത്തിൻ്റെ അടുത്തൊക്കെ ഈ ആദീസിനെ അങ്ങനെ തന്നെ തെളിവുകൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ഞമ്മള് സുന്നികൾ ചെയ്യണത് പോലുള്ളത് വലു അല്ല തങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സംഗതികളൂടി പറയാൻ പറഞ്ഞു ഉത്സാഹന്മാരൊക്കെ പക്ഷേ ഇതെല്ലം കൂടി ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു കഴിയാൻ കഴിയാത്തത് കൊണ്ടിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി പറയേണ്ടന്നുള്ളൊരു സന്തോഷമുണ്ടായി ബെല്ലടിച്ചപ്പോൾ അപ്പം അതുകൊണ്ട് ഏതായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് ഇൻഷാല്ല ഇനിയും നമ്മളെ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവും അവിടുന്ന് ബാക്കി പറയാം അല്ല പോരേ നിർത്തിയല്ലേ അപ്പോൾ വാഹ് സുബാനത്താൽ അത് കബൂൽ ചെയ്യട്ടെ സമ്മേളനമൊക്കെ വളരെ ഭംഗിയോടി നടത്താൻ ഒബ്വാഹു നമുക്ക് തോക്കിക്കഴിയട്ടെ സർവ്വ സ്വർണുകളെ തൊട്ട് ഒബ്വാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ സമ്മേളനം ഒരു വലിയ ചരിത്ര സംഭവമാണ് യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ മശായഖന്മാർ ഉസ്താദന്മാർക്കുള്ള മതത്തുകളൊക്കെ നമുക്കുണ്ടാവണം അതിനുവേണ്ടിയിട്ടാണ് സാധാരണ സമ്മേളനത്തിന് എതിരായ രൂപത്തിൽ നമ്മളെ ആദ്യത്തെ അതിന് യാസീനോതി കൊണ്ട് ധാരണിക്കണം അൽ ഫാത്തിയ വെറും ഫാത്തിയ മാത്രമല്ല യാസീനോതിയാണ് ധാരണിക്കണത് എല്ലാവരും സഹായകം നമ്മൾക്കുണ്ടാവും അള്ളൂ ഹുസ്ബുബ് ബുഹമുദല അങ്ങനെ തന്നെ ആക്കട്ടെ അസല വലൈക്കും വരഹമുല്ല